മരയുടെ വളയം പോലെ അനവധി ശിരസ്സുള്ള അനന്തമായ എന്താണ് പത്തികളുള്ള ഒരു ഉഗ്രമായൊരു രൂപം ആയിരം ശിരസ് ഉള്ള മൃണാളത വളരെ അപ്രകാരമുള്ള രൂപം ഭഗവാന്റെ സഹസ്രശേഷനായിരിക്കുന്ന അനന്തന്റെ രൂപം അവിടെ പ്രകടമായ എന്നാണ് എന്നിട്ടോ അദ്ദേഹം ആ രൂപത്തെ കണ്ട് സ്തുതിച്ചു ഭഗവാൻ അദ്ദേഹത്തിന് ആത്മതത്വം ആത്മതത്വമനുഗൃഹ്യതിരോധ ഭാഗവത തത്വം നാരായണീയതം ഉപദേശിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു എന്ന് എന്നിട്ടോ തൊൽഭക്തമൗലിരസോപിജലക്ഷലക്ഷം വശമാണിഹർമനാഭുവനീഷു കാമം സങ്കാപയം ഗുണഗണം തവ സുന്ദരീബി സങ്കാതിരേഗരയിതോ ലളിതം ചചാര ഭക്തമൌലിയായിത്തീർന്ന ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിത്തീർന്ന ചിത്രഗീത മഹാരാജാവ് സുന്ദരി തവ ഗുണം സംഗാപയൻ സുന്ദരിമാരെക്കൊണ്ട് ഭഗവാന്റെ ഗുണങ്ങൾ സ്തുതിച്ച് പാഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംഘാതിരേഖതീത മറ്റുള്ളവരിലുള്ള സംഘം വിട്ടുകൊണ്ട് ഗൃഹജീവിതത്തിന്റെ സംഘം വിട്ടുകൊണ്ട് ഹർഷുലവന പരമാനന്ദ നിർബിദ്ധനായിട്ട് പല ഭുവനീഷ് ലളിതം ചചാര പല ലോകങ്ങളിലും ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി അപ്പോഴോ അത്യന്തസംഗവിലയാവൽ പ്രണുന്നോ നൂനം സരൂപിഗിരിമാപ്പമഹൽസമാജേ നിശംഗമംഗതവല്ലവമംഗജാന ഹരം പരിഹസന്മയാഷേ അങ്ങനെ പല ലോകങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം ഒരിക്കലും അവിടെ നിന്ന് കൈലാസത്തെത്തിച്ചേർന്ന ഒന്നാണ് അവിടെ എന്താ കാണുന്നത് രൂപ്യഗിരി ആപ്യ അവിടെ കൈലാസത്തിലെത്തിയപ്പോൾ മഹൽ സമാജെ സിദ്ധന്മാരും ഋഷീശ്വരന്മാരും നടന്നിരിക്കുന്ന സഭയിൽ പരമശിവൻ അങ്കകൃതം വല്ലവം അങ്കേജാലിം തന്റെ പാർവതീദേവിയെ പത്നിയായ പാർവതീദേവിയെ വടിത്തട്ടിൽ വെച്ച് ഇരുത്തി ആലിംഗനബദ്ധരായിട്ടിരിക്കുന്നു മഹർഷിമാരൊക്കെ നോക്കിയിരിക്കെ ഇത് കണ്ടപ്പോ ശങ്കരൻ പരിഹസൻ അങ്ങോട്ട് ദേഷ്യം വന്നു നാണമില്ലാത്തവൻ എന്ന് വിളിച്ചു ആരെ പരമശിവനെ നാണമില്ലാത്ത കാരണം എല്ലാവരുടെ മുന്നിലും വെച്ച് പത്നി ഇങ്ങനെ മടീചിരിത്തി ആലിംഗനം ചെയ്യുന്നവൻ ലേശം നാണോ ഉണ്ടെങ്കിൽ ചെയ്യില്ല എന്ന് ആരോടാ പറയുന്നത് സാധാരണക്കാരനോടല്ല പറയുന്നത് സാക്ഷാത് പരമശിവനോട് പരമശിവൻ മൗനം ഭഗുവ ഒന്നും പക്ഷേ പരിഹസൻ ഇപ്രകാരം പരിഹസിച്ചപ്പോ ഉമാ അഭിഷേവേ പാർവതീദേവി അദ്ദേഹത്തിനെ ശപിച്ചു കളഞ്ഞു എന്താ ശാപം നിസ്തംബ്രഹ്മസ്തയമയാജിതശാപമോക്ഷ വൃത്താസുരത്തമുപമ്യ സുരേന്ദ്രോ ഭക്തത്മതത് സമരെ വിജിത്തം ശത്ോരവി ഭ്രമുവാസ്യഗത പദം തേ ശാപത്താൽ നിസ്സംഭ്രമ അല്പം പോലും ഭ്രമം വന്നില്ല പേടി വന്നില്ലേ ദുഃഖം വന്നില്ലേ തളർന്നില്ല കാരണം അത്രമാത്രം അദ്ദേഹത്തിന്റെ മനസ്സ് ഇവിടെ എത്തിയിരുന്നു ഭഗവത് കൊണ്ട് ഭഗവാനിൽ എത്തിയിരുന്നെങ്കിലും അല്പം ഒരു അഭിമാനമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത് ഏതായാലും ശാപം കൊണ്ട് ആരായി അദ്ദേഹം വൃത്തൻ എന്നൊരു വൃത്രാസുരത്വ മുഖവമ്യ എന്നൊരു അസുരനായി തീർന്നു പറയാൻ എന്നിട്ടോ സുരേന്ദ്രയോദീ പിന്നെ ഇന്ദ്രനുമായി യുദ്ധം ചെയ്യാൻ ഇടവന്നു അതെങ്ങനെയാണത് വൃത്രാസുരന്റെ കഥ പറയുന്നതിന് മുമ്പ് നേരത്തെ വേറൊരു ആചാര്യന്റെ കഥ പറഞ്ഞല്ലോ ആര് വിശ്വരൂപന്റെ കഥ ആ വിശ്വരൂപൻ ഇന്ദ്രന് ഒരു മന്ത്രോപദേശു പറഞ്ഞല്ലോ ഏത് നാരായണ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിശ്വരൂപൻ ഇന്ദ്രന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിക്കും എന്താ പറയുക ഓം ഇന്ദ്ര ഇന്ദ്രന് അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് നെയ്യ് അങ്ങനെ ഇരിക്കെ ഒന്ന് ഇന്ദ്രന്റെ ശ്രദ്ധ തെറ്റിയപ്പോ ഇങ്ങോട്ടെ ചെയ്തു ഓം ശുക്രായ സ്വാഹത എഴുതി ചൊല്ലും നെയ്യൊഴിച്ചു ശുക്രനാരാ അസുരന്മാരുടെ ഗുരു നേരെയാവട്ടെ എന്ന് ഇന്ദ്രന്റെ യാഗകുണ്ടത്തിലേക്ക് നെയ്യൊഴിച്ച് പ്രാർത്ഥിച്ചാൽ ഇന്ദ്രൻ ഇഷ്ടപ്പെടുവോ നിങ്ങൾ പൂജ ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് നേരെയാവട്ടെ എന്ന് പറഞ്ഞാൽ നീ സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇന്ദ്രന്റെ കോപം ഒന്നും ഒരൊറ്റാല ഗുരുവാണ് നോക്കിയില്ല തോന്നിവാസം ചെയ്ത എന്ത് ചെയ്യാനാണ് ആ തലവെട്ടിയതും ബ്രഹ്മഹത്യാപാപം വന്നു എന്നും അത് വൃക്ഷങ്ങൾക്ക് ജലത്തിന് ഭൂമിക്ക് സ്ത്രീകൾക്കെല്ലാം കൊടുത്ത് ബ്രഹ്മഹത്യാപാപത്തിൽ മുക്തരായെന്നും ഇതെല്ലാം ഭാഗവതത്തിൽ വിസ്തരിച്ചു വരും ഏതായാലും ഇന്ദ്രൻ തന്റെ പുത്രനെ കൊന്നതിലുള്ള ദേഷ്യം തീർക്കാൻ പ്രൊഷ്ടാവെന്ന് പറയുന്ന ആചാര്യൻ മറ്റൊരു ചെയ്തു എന്നും യാഗസമയത്ത് സങ്കല്പം വെച്ചത് ഇന്ദ്രനെ കൊല്ലാൻ പുത്രൻ വേണമെന്നായിരുന്നു പക്ഷേ നാവ് വിളച്ചുപോയി എന്തു പറഞ്ഞു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 ശ്രദ്ധിച്ച് പറയണം പണ്ടൊരമ്മ പ്രാർത്ഥിച്ചതുപോലെ മകൻ ഇന്റർവ്യൂവിന് പോവാണ് മകൻ ഇന്റർവ്യൂ ഒക്കെ പോയി കഴിഞ്ഞു വരുമ്പോൾ യാതൊരു ഉഷാറും ഇല്ല മകൻ ചോദിച്ചു അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ നിനക്ക് വേണ്ടി ഞാൻ അമ്പലത്തിൽ പോയി അമ്പത് രൂപയുടെ വഴിപാട് ചെയ്തു എന്താ പ്രാർത്ഥിച്ചത് നിനക്ക് ഒന്നും ഉണ്ടാവരുതേന്ന് പ്രാർത്ഥിച്ചു തോന്നുന്നു ആ അമ്മ അതന്നെയാണായിരിക്കുന്നത് അന്ന് പോയിട്ട് നട കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അത് നമ്മള് പ്രാർത്ഥിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അപകടമാണ് പണ്ട് കുംഭകാരനെ പറ്റി അപകടം എന്താ അപകടം തന്നെ ദേവന്മാര് കൊല്ലരുതെന്നാണ് വരാൻ വേണ്ടത് പക്ഷേ പറഞ്ഞ് പോയപ്പോ എന്തായി നിർദ്ദേവത്വം എന്നാ വേണ്ടത് നാ അപകടം ഉണ്ടാക്കരുത് നാവൊന്ന് വെളിച്ചുപോയ പിന്നെ അതെങ്ങനെയായിരിക്കും കിട്ടുക ഗുരുവായൂരപ്പാ ഒന്നും ഉണ്ടാവരുത് ഭഗവാൻ ബുദ്ധി പോലും വേണ്ടിക്കുന്ന എന്താ പിന്നെ വേണ്ടത് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ കൊടുക്കേണ്ടത് അപ്പൊ ആ ഇന്ദ്രൻ സോറി തൊഷ്ടാവ് പ്രാർത്ഥിച്ചപ്പോ അഗ്നിയിൽ നിന്നും ഒരു രൂപം പ്രകടമായി ആ രൂപത്തിന് പേര് കൊടുത്തു വൃദ്ധൻ ആരായിരുന്നു ആ വൃദ്ധൻ ചിത്രകേതു മഹാരാജാവ് പാർവതീദേവിയുടെ ചാപപ്രകാരം ആരായിത്തീരുന്നു വൃദ്ധരൻ പിന്നീട് വൃദ്ധൻ ഇന്ദ്രനുമായി യുദ്ധത്തിന് പോവുകയാണ് അപ്പോഴേക്കും ഇന്ദ്രൻ ബ്രഹ്മാവിന്റെ അടുത്തോടി ബ്രഹ്മ പറഞ്ഞു ഇനി നേരിടാൻ എനിക്ക് വജ്രായുധം വേണം ആ വജ്രായുധം എവിടുന്നു കിട്ടും ദദീജി എന്ന് പറഞ്ഞ മഹർഷിയുടെ നട്ടെല്ലാം വലിച്ചെടുക്കണമെന്ന് അപ്പൊ ഒരാളുടെ തലയെടുത്തിട്ടാണ് അപകടം ഉണ്ടായത് ഇനിയിപ്പോൾ പോയിട്ട് വേറൊരാളുടെ നട്ടെല്ലോ വലിക്കണം അവിടെ പോയി ദതീജിയുടെ കാൽക്കര വീണു അദ്ദേഹം സ്വീകരിച്ചിരിക്കും എന്തിനാ വിശേഷം എന്ന്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 മാംസം അരിഞ്ഞുകൊടുത്തിട്ടുള്ള കഥകളൊക്കെ ആരാണത് ദിലീപ് മഹാരാജാവിന്റെ കഥകളൊക്കെ ശിവ ചക്രവർത്തിയുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഭാരതത്തിൽ പകരക്കുള്ളൊരു ഉഗ്രന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഒരു പരമ്പരകൾ ഭാരതത്തിലുണ്ടായിരുന്നു പറയുകയാണ് ഏതായാലും അപ്രകാരം നതീജി മഹർഷിയുടെ നട്ടലെടുത്ത് വൃത്രനും ഇന്ദ്രനും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് വൃത്രൻ പഠിപ്പിക്കുകയാണ് ഇന്ദ്രനെ ഞാൻ വന്നിരിക്കുന്നതിനെ കൊല്ലാനല്ല ഞാൻ ഭഗവാന്റെ ദാസനാണ് എനിക്കൊരേ ഒരു മോഹമേയുള്ളൂ എന്താണത് എന്റെ മനസ്സ് ശരീരം വീഴുന്നതിന് മുമ്പ് എനിക്ക് ഭഗവാനിലേക്ക് എത്തിക്കണം അതൊരു ഉദാഹരണം പറയും അജാതപക്ഷായവമാതരം കക എപ്രകാരമാണ് പക്ഷിക്കുഞ്ഞുങ്ങൾ വൈകുന്നേരം അതിന്റെ അമ്മയെ നോക്കിക്കൊണ്ട് കൂട്ടിലിരിക്കുന്നത് സ്തന്യം ഗതാവത്സതരാക്ഷുതാർത്ഥ പശുക്കുട്ടി വൈകുന്നേരമാകുമ്പോ പശുവിനെ കാത്തിരിക്കുന്നത് പ്രിയം പ്രിയൈവ സന്ധ്യയാവുന്ന സമയത്ത് പെൺകുട്ടി ഭർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാര്യം പറയുന്നതേ സന്ധ്യയായിട്ടും ഭർത്താവ് വന്നിട്ടില്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഓ ഭർത്താവെപ്പഴാവിര് ഭർത്താവ് എപ്പോഴാവിര് ഈ വിചാരത്തിലിരിക്കുന്ന പെൺകുട്ടിയെപ്പോലെ മനോ അരവിന്ദാക്ഷത ദിക്ഷതെ മനസ്സ് ഭഗവാനിലേക്ക് തിരിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇന്ദ്ര ഈ ശരീരത്തെ നീ വീഴ്ത്തി തന്നാലും കൊന്നു തന്നാലും എന്ന് പറഞ്ഞ് ഇന്ദ്രന്റെ മുന്നിൽ വിനയാാന്യുതനായി തന്റെ ശരീരത്തെ സമർപ്പിച്ചവനായിരുന്നു അര് വൃത്രാസുരൻ അപ്പൊ എന്താ വൃത്രാസുരന് ഇങ്ങനെയൊക്കെ സാധിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ചിത്രകേതു മഹാരാജാവായിരിക്കുമ്പോൾ നേടിയ ആധ്യാത്മിക ജ്ഞാനം വൃത്രാസുരനായിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക ജന്മം കൊണ്ട് അസുരനായിരുന്നെങ്കിലും മനസ്സുകൊണ്ട് അന്ന് നേടിയ ആത്മീയമായ അറിവ് വൃത്രാസുരന്റെ ശരീരത്തിലിരിക്കുമ്പോഴും കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടോനഗിരി താൻ പ്രത്യുദേഹോ മരുദോ ബിവി ദുഷ്ടാശയേ വിശുവദൈവന്ഷേവാ താതിശസ്ത്രമവമാ പവന പവനേ അപ്രകാരം കൃത്യാസുരന്റെ കഥ പറഞ്ഞതിന് ശേഷം ദിതി ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രനെ കിട്ടാൻ വേണ്ടി ഭർത്താവിനെ അടുത്തുപോയി ദിദി അതിഥി രണ്ട് പത്നിമാര് രണ്ടുപേരും ദക്ഷപുത്രിമാര് സഹോദരിമാരും കൂടിയ ഭർത്താവ് ഒരാള് ഒരു സഹോദരിയുടെ ആഗ്രഹം മറ്റ് സഹോദരിയുടെ മകനെ കൊല്ലാൻ ഒരു പുത്രൻ വേണം നോക്കൂ മനുഷ്യന്റെ ഉള്ളിലുള്ള കൂടതന്ത്രങ്ങളൊക്കെ ഒരു സഹോദരിക്ക് മറ്റേ സഹോദരിയിലുള്ള പുത്രനെ കൊല്ലാൻ പുത്രൻ വേണം അതാരെ കൂട്ടു നിൽക്കണം രണ്ടുപേരെയും ഭർത്താവ് ഒന്ന് രണ്ട് ഭർത്താവാണ് കുഴപ്പമില്ല അപ്പൊ അച്ഛന് അച്ഛനെ പിടിച്ചിട്ട് അച്ഛന്റെ മകനെ കൊല്ലാൻ വേറൊരു പുത്രം വേണം ഏതച്ഛനെ സഹിക്കുക പക്ഷെ കശ്യപൻ വേണ്ടാന്ന് പറഞ്ഞില്ല ഒരു വ്രതം പറഞ്ഞു കൊടുത്തു ആ വ്രതത്തിന്റെ പേരായിരുന്നു പുംസവനം എന്നുള്ള വ്രതം അങ്ങനെ പുംസവ്രതമൊക്കെ നോട്ട് ഗർഭിണിയെ ആര് ആര് ദിതി പേര് മാറരുത് അതിഥി ദിതി അതിഥിയുടെ പുത്രനാണ് ഇന്ദ്രൻ ഇന്ദ്രനെ കൊല്ലാനാണ് ആർക്ക് പുത്രൻ വേണ്ടത് ദിദിക്ക് പുത്രൻ അതിനാണ് ഭർത്താവായ കശ്യപനെ പിടിച്ചത് കശ്യപൻ വ്രതം പ്രതി കൊടുത്തു ആ വ്രതത്തിന്റെ പേരാണ് പുംസവനം അപ്പോൾ വ്രതത്തിന്റെ പ്രത്യേകത വെച്ചാൽ സന്ധിക്ക് കിടന്നുറങ്ങരുത് തന്നെ കൊല്ലാൻ ഒരു പുത്രനു വേണ്ടി ചെറിയമ്മ ശ്രമിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോ ഇന്ദ്രനൊരു കുട്ടിയുടെ രൂപത്തിൽ വധസേവനം തുടങ്ങി അമ്മയുടെ അനിയത്തിയെ സേവിക്കാൻ തുടങ്ങി എല്ലാ തരത്തിലും വേണ്ടതൊക്കെ സൌകര്യങ്ങൾ ചെയ്തോ എവിടുന്നാ കുട്ടി ഞാനിങ്ങനെ ഒരു ബ്രാഹ്മണ കുട്ടിയാണ് അച്ഛനും ഇല്ല അമ്മയും ആരോ പറഞ്ഞു അമ്മയ്ക്കൊരു സഹായമാവും ഇവിടെ വന്നാൽ ചാപ്പാടും കിട്ടും കടന്നുറങ്ങാനൊരുടും കിട്ടും അതുകൊണ്ട് വന്നതാണ് ഇന്ദ്രനാണെന്ന് പറഞ്ഞില്ല ഈ കുട്ടിയുടെ ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ എങ്ങാനും ദിദിമാതാവ് സന്ധ്യക്ക് കടന്നുറങ്ങിയാൽ ഗർഭത്തിലേക്ക് പ്രവേശിക്കണം എന്നിട്ടുള്ളിലുള്ള കുട്ടിയെ കൊല്ലണം ഈ ഉദ്ദേശത്തിലാണ് ആര് വന്നുകൂടിയത് ഇന്ദ്രൻ വന്നത് അങ്ങനെ എനിക്ക് ഒരു ദിവസം നോക്കുമ്പോൾ സന്ധ്യാസമയത്തിരുന്ന് ജപിക്കുന്ന അമ്മ ഉറങ്ങിപ്പോയി നല്ലതാഴ്ത്തിയ ചാൻസൽ ഇന്ദ്രൻ അകത്ത് കയറി കൂടി ഇന്ദ്രന്റെ കയ്യിൽ വാളുമുണ്ടായിരുന്നു വജ്രായുധം കുട്ടിയെ ഒരു വെട്ട് കുട്ടി കരയാൻ തുടങ്ങി ഏഴ് പീസാക്കി അതൊക്കെ ഉള്ളില് നടന്നിട്ടുണ്ടേ വീണ്ടും കുട്ടി ഏഴ് വീസും കരയാൻ തുടങ്ങി ഓരോ പീസിന് ഏഴേഴാക്കി എല്ലാ മൊത്തത്തിലെ നാൽപ്പത്തൊമ്പതെണ്ണം എന്തോ അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ കിടുകിടുന്ന് പറയുന്നുണ്ട്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 ആ കുട്ടിയെ കൊല്ലാൻ ഞാൻ അകത്ത് കയറി അപ്പൊ ഈ നാൽപ്പത്തൊമ്പതെണ്ണ ഉണ്ടായത് അത് ഞാൻ വെട്ടിന്ന് ഒരിക്കലും നാൽപ്പത്തൊമ്പതാക്കി ഈ അമ്മയ്ക്ക് തപസ്സുകൊണ്ട് മനസ്സിന് ശുദ്ധീകരണം വന്നിരുന്നു ഇന്ദ്രനോട് പറയുകയാണ് നിന്നെ കൊല്ലാനാണ് ഞാൻ വ്രതം നോറ്റതെങ്കിലും ഇന്ന് മനസ്സിൽ നിന്നോട് പകയില്ല നിന്റെ കൂടെ ജനിച്ചതുകൊണ്ട് ഈ കുട്ടികളൊക്കെ നിന്റെ കൂടെ വന്നോട്ടേന്ന് അങ്ങനെ വിധി പ്രസവിച്ച കുട്ടികളാണത്രേ നാൽപ്പത്തിയൊൻപത് വരുത്തുക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടതെന്നാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ദശകത്തിലാണ് പ്രഹ്ലാദചരിതവും നരസിംഹാവതാരവും പറയുന്നത് നമ്മള് നരസിംഹാവതാരത്തിലേക്ക് കടക്കുകയാണ് ഹിരണ്ാക്ഷേ പ്രോദിപ്പപരവപുഷ ദേവഭവദ അതേശോകക്രോധ ക്ലവിദൃതിരേതരണ്യ പ്രാരംഭ കശിപുരമരരാദി സദസി പ്രതിക്ഷാമാദേ അപകിരപദാർത്ഥം മുരരിവോ ഹേ ഗുരുവായൂരപ്പ മുരലിവോ ക്രോതിപ്രവരവൗഷ പണ്ടവിടുന്ന് വരാഹരൂപത്തിൽ അവതരിച്ചുകൊണ്ട് ഹിരണ്യാക്ഷേഹതേ അവിടുത്തെ ഹിരണ്യാക്ഷനെ വധിച്ചപ്പോ അവിടുത്തെ സഹോദരൻ ഏതസ്യ സഹജ ഹിരണ്യപ്രാരംഭ ആദ്യം വന്ന ഹിരണ്യകശിഭു എന്ന് പറയുന്ന സഹോദരൻ അവരെന്ത് ചെയ്തു ശോകക്രോധ കവിതകൃതി കൊണ്ടും ക്രോധം കൊണ്ടും അത്യന്തം ക്രുധനായിക്കൊണ്ട് അമരരാതിസദസി ദേവന്മാരെ സദസ്സിൽ വെച്ച് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു തവ പദാർത്ഥം പ്രതിജ്ഞ ഞാൻ ഹരിയെ കണ്ടുകിട്ടിയാൽ കൊന്നുവിടും എന്റെ സഹോദരനെ വധിച്ചവനെ ഞാൻ കൊല്ലുമെന്ന് ആര് പ്രതിജ്ഞയ്തു ഇരണ്യ കശപു ദേവന്മാരന്റെ സദസ്സിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു എന്ന് പറയുകയാണ് എന്നിട്ടോ വിതാതാരം ഘോരം സകലു തപസ്സിനചരിതാ പുരസ്സാക്ഷാൽ കുറുവൻ വരം ലബ്വാദൃത്തോ ജഗതിഹായകരക്ഷുന് ഇന്ദ്രാതഹരവം ക്വാമകളയൻ സ ഘോരം തപസ്സി അവൻ ഘോരമായ തപസ് പഞ്ചാഗ്നി മധ്യത്തിലും സൂര്യനെ കൊണ്ടും സൂര്യകിരണങ്ങൾ ഏറ്റുകൊണ്ടും ഒക്കെ കഠിനമായ തപസ് ചെയ്തുകൊണ്ട് അവൻ വിതാതാരം പുരസാക്ഷാൽ കുറുവൻ തന്റെ മുന്നിൽ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് അവൻ വരങ്ങൾ വാങ്ങിച്ചു എന്താണ് സൂരധന മൃഗാദ്യ എന്നെ മൃഗം കൊല്ലാൻ പാടില്ല മനുഷ്യൻ കൊല്ലാൻ പാടില്ല അകത്ത് വെച്ചു കൊല്ലാൻ പാടില്ല പുറത്ത് വെച്ചു കൊല്ലാൻ പാടില്ല പകൽ കൊല്ലാൻ പാടില്ല രാത്രി കൊല്ലാൻ പാടില്ല ഭൂമിയിൽ വെച്ച് കൊല്ലാൻ പാടില്ല ആകാശത്തിൽ വെച്ച് കൊല്ലാൻ പാടില്ല ഇപ്രകാരമെല്ലാം വരം മേടിച്ചുകൊണ്ട് വരം ലബ്ധ ഇഹ ഭവൻ ഇതം ജഗൻ പരിക്ഷുന്ദൻ ഈ ഭൂമിയെ അവന്റെ ക്രോധം കൊണ്ടും അഹങ്കാരം കൊണ്ടും ശക്തി കൊണ്ടും ധിക്കാരം കൊണ്ടും അവൻ തപിപ്പിച്ചു വേദനിപ്പിച്ചു എന്ന് മാത്രമല്ല ഇന്ദ്രാത് ദിവം മഹരഥ ഇന്ദ്രനിൽ നിന്നും അവൻ സ്വർഗവും അപഹരിച്ചവന്റേതാക്കി മാറ്റി ഇങ്ങനെ ലോകം മുഴുവൻ അവന്റെ ശക്തിക്ക് കീഴിൽ ഒതുങ്ങിപ്പോയി ആരുടെ ശക്തിക്ക് ഇരണ്യ കശുപോലെ എന്നിട്ടോ നിഹന്തു ത്വാം ഭൂയ അവപത്മാവ പദമവാപ്തരിഭോ ബഹൃദ്ദിഷ്ടേരന്തരേതഹൃദയേ സൂക്ഷ്മപുഷാ ദുച്ചൈതത്രാഭി അഖിലഭുവനാന്തേ ച മൃഗയൻ ബിയയാദം മകലുജിത കാശീനവൃതേ ാം നിഹന്തും ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവപതമവാപ്ത ഭഗവാന്റെ വൈകുണ്ഠപദത്തിൽ അവൻ എത്തിച്ചേർന്നു ഭഗവാനെ അന്വേഷിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു ബഹിർദൃഷ്ടേരിവോ തന്നെ പുറത്തന്വേഷിക്കുന്ന ശത്രുവിന്റെ ഹൃദയേ സൂക്ഷ്മപുഷ അന്തർദരിത മനസ്സിലാവില്ലേ തന്നെ പുറത്തന്വേഷിക്കുന്ന ശത്രുവിന്റെ ഉള്ളിൽ മറഞ്ഞു ആര് ഭഗവാൻ ഇവനെന്ത് കരുതി ഖലു ഉച്ച നദൻ അഖില ഭുവനാന്തര മൃഗയൻ ബിയായാതമ്മത്വ അവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് പേടിച്ചോടിയവനാണെന്ന് തെറ്റീദ്ധരിച്ചുകൊണ്ട് അവൻ ജിതകാശീത ലോകം കീഴക്കവനെന്ന് അഹങ്കരിച്ചുകൊണ്ട് നടത്തും ഭഗവാൻ എന്ത് ചെയ്തു തന്നെ പുറത്തന്വേഷിക്കുന്ന ശത്രുവിന്റെ ഉള്ളിൽ മറഞ്ഞു എന്ന് പറയാൻ എന്നിട്ടോ അതോസ്യപ്രഹ്ലാദ സമജനിസുതോ ഗർഭവസതോ മുനീ വീണാ പണേ അതിഗതപവൽ ഭക്തിമിമാ സ വൈ ജാത്യാധൈത്യ ശിശൂരവിസമീ ത്യൈരഥി ഗതസ്തൽ ഭക്ത വരദപരമോദാഹരണതാ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 കയാതുവിനെ കൂട്ടിക്കൊണ്ട് ആശ്രമത്തിൽ പോയി അവിടെ ചെന്നിട്ടോ മുനീർ വീണാപാണി വീണാപാണിയായിരിക്കുന്ന നാരദമാഷി ആറുമാസം ഗർഭിണിയായിരിക്കുന്ന കയാദുവിന്റെ ഉള്ളിലിരിക്കുന്ന കുട്ടിക്ക് ഭാഗവതം മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്തു അപ്പൊ ആ കുട്ടിക്ക് ഗർഭപാത്രത്തിൽ വെച്ച് മനസ്സിലായി എന്റെ ബന്ധുവായി ശരണമായി ഭഗവാനല്ലാതെ മറ്റാരും ഇല്ല അച്ഛനും അമ്മയുമല്ല എനിക്ക് ശരണം ഗുരുവായൂരപ്പൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് സർവ്വ ആശ്രയം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 വലിയൊരു ഭക്തനായി തീർന്നു ഏത് നിമിഷവും ആരെ സ്മരിക്കാൻ സാധിക്കുമായിരുന്നു ഹൃദയത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കുന്ന ഒരു കുട്ടിയായി പ്രഹ്ലാദൻ എന്നിട്ടോ സുരാരീണാം ഹാസ്യം അവതരണദാസ്യം നിജസുദേ സദൃഷ്ടുഷ്ടാത്മാ ഗുരുവിശശിശിക്ഷരമം ഗുരുപ്രോക്തം ചാസോ ഇതമിതം അഭദ്രായതിടമിതി അപാകുറുവൻ സർവം അവതരണഭക്തേവൃദേ കുട്ടി ജനിച്ച ഉടനെ തന്നെ പകവൽനാമം ചൊല്ലുന്നത് കണ്ട് ഇരണി വച്ചു വിചാരിച്ചത് എന്തോ പനിയുടെ അസുഖമാണെന്ന് ചുണ്ടും ഇങ്ങനെ എപ്പോഴെന്തോ മന്ത്രിക്കുന്നുണ്ട് വൈദ്യന്മാർ പറഞ്ഞെന്തോ അസുഖമാണ് ചികിത്സകളൊക്കെ നടത്തി പക്ഷെ എന്ത് ചികിത്സിച്ചിട്ടും ഇളക്കം നിൽക്കണില്ല പിന്നെയാണ് വൈദ്യര് പറഞ്ഞത് ഇത് ചിക്കൻ ഗുനിയും വേണ്ടാത്ത ഗുഹികളൊന്നുമല്ല ഇത് പകവൽനാമത്തിന്റെ അനുഭൂതിയിലാണ് കുട്ടി ഇരിക്കുന്നത് അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിൽ നിന്നും തന്റെ ശത്രുവിന്റെ നാമം മാറ്റാൻ വേണ്ടിയിട്ട് ഗുരുകുലത്തിലേക്ക് പറഞ്ഞു അപ്പൊ ചരണദാസ്യം ദൃഷ്ട ഭഗവാനിലുള്ള ദാസ്യമാണ് കുട്ടിക്കെന്ന് കണ്ടിട്ട് ഗുരുവി അമുംച്ഛശിക്ഷയിൽ ഗുരുക്കന്മാരെ വെച്ചു ശുക്രാചാര്യ മക്കളായ ചണ്ടനെയും മർക്കനെയും ഗുരുക്കന്മാരായി വെച്ച് ആദ്യത്തെ വിദ്യാഭ്യാസം ആര് തുടങ്ങി തന്റെ പുത്രനെ നേരിയാക്കാൻ വേണ്ടി ഹിരണി കശുവു സ്കൂൾ തുടങ്ങി വെച്ചിരിക്കുന്ന ആളാണ് ഹിരണി കശു ആദ്യത്തെ വൈസ് ചാൻസലർ അയാളായിരുന്നു വിദ്യാഭ്യാസം എന്നിട്ടോ കുട്ടിയാണെങ്കിലോ നല്ല മകൻ ഗുരുക്കന്മാര് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഹിരണ്യ കശുവാണ് ഈശ്വരൻ ഹിരണ്യ കശുവാണ് ഈ പ്രപഞ്ചത്തിന് ചക്രം തിരിക്കണെന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കണത് കുട്ടിക്കേറെ അച്ഛൻ ഒരു ചക്രവും തിരിക്കാൻ പറ്റില്ല അത് കുട്ടി എന്ത് ചെയ്തു അഭദ്രായ ഇതൊന്നും എനിക്കുള്ളതല്ല എനിക്കുള്ളതല്ല ഇതൊന്നും പഠിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി ചെവി രണ്ടും തുറന്നു വെച്ചു ചിലര് ഭാഗങ്ങളൊക്കെ അങ്ങനെ കേൾക്കുക ചെവി രണ്ടും തുറന്നു വെക്കാന്ന് പറഞ്ഞാൽ ഒരു ചെവി കൂടെ കയറും അതധികം അവിടെ നിൽക്കാതെ മറ്റേ ചെവി കൂടെ പുറത്തു പോകും ഇതുപോലെ കുട്ടി ഗുരുക്കന്മാരുടെ വിദ്യാഭ്യാസം ഒക്കെ എന്ത് ചെയ്തു ഇടയ്ക്ക് ഒരു ഫിൽറ്ററിംഗ് ചെയ്തില്ല അതർത്ഥം ഇത് കുറച്ചു അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചില്ല നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേകത ഉണ്ട് അവിടെ ഫിൽറ്റർ ചെയ്യും വേണ്ടത് വല്ലതും കേട്ട എന്താന്ന് പറഞ്ഞത് ഇതൊരു കാര്യമാണ് ഫിൽറ്റർ ചെയ്തില്ല പോയി സംഗതി പോയി അപ്പൊ വേണ്ടത് അങ്ങനെ ഒഴിഞ്ഞു പോവും വേണ്ടാത്തതാണെങ്കിലോ ജന്മജന്മാന്തര ഓർമ്മ വരി അവിടെ പിടിച്ചു വെച്ചു കളി എന്ന് പറയാം ഇതുപോലെ ഈ കുട്ടി വേണ്ടാത്തതൊക്കെ നമ്മൾ വേണ്ടതാ വേണ്ടാത്ത പിടിച്ചു വയ്ക്കുമെങ്കിൽ കുട്ടി വേണ്ടാത്തതൊക്കെ അടിച്ചുവിട്ടു എല്ലാം തുറന്നു വെച്ചപദ്രായ സർവം അപാകുറുവൻ ഇതൊന്നും എനിക്ക് പഠിക്കേണ്ടതല്ല ഒന്നു മാത്രമേ പഠിക്കേണ്ടൂ അവതരണഭക്തിയാ തന്റെ മനസ്സ് ഭഗവാനെ സ്മരിച്ചാൽ മാത്രം മതി എന്നവിടെ ഉറപ്പിച്ചു എന്നിട്ടോ അതീദേഷ ശ്രേഷ്ഠം തിമിതി ബവൽഭക്തിരെയഗതതി പരയാ കുലതൃതീ ഗുരുഭ്യോ റോഷിത്ത സഹജമതിരസീത്തിൻ വധോപാസ്ൻ എത പവൽ പാദശരണ അങ്ങനെ കുട്ടിയെ ഒരിക്കൽ ഗുരുകുലത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോ അച്ഛൻ ചോദിക്കുകയാണ് മടിയിലിരുത്തിക്കൊണ്ട് തനേനോട് ചോദിക്കുകയാണ് കിമിതി ശ്രേഷ്ഠം പഠിച്ചതിലേതാ ശ്രേഷ്ഠം ഗുരുക്കന്മാരെ പറഞ്ഞില്ലേ പലതും ഹിരഡും പ്രതീക്ഷിക്കുന്നത് കുട്ടി പറയും അച്ഛനാണ് ലോകത്തിന്റെ നാഥൻ അച്ഛനാണ് ലോകചക്രം തിരിക്കുന്നത് അച്ഛനില്ലെങ്കിൽ പ്രപഞ്ചത്തിന് ശ്വാസമില്ല ഇതൊക്കെയാണ് ഗുരുക്കന്മാര് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെയാണ് കുട്ടി പറയാനാണ് വിചാരിച്ചത് കുട്ടി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 ഇതി പുംസാർപ്പിതാവിഷ്ണോ ഭക്തിശ്ചയെ നവലക്ഷണ ഒൻപത് ലക്ഷണങ്ങളുള്ള ഭക്തി ഏതൊക്കെയാണ് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ശ്രവണത്തിൽ നിന്ന് തുടങ്ങി അവസാനം എവിടെ എത്തണം തന്നെ തന്നെ ഭഗവാനിൽ സമർപ്പിച്ച് താനും ഭഗവാനും ഒന്നായിത്തീരുന്നൊരവസ്ഥ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 സിലബസിലില്ലാത്തതാണ് പറയണതെന്ന് ഇതൊന്നും ഞങ്ങളെ പഠിപ്പിച്ചതല്ല അപ്പൊ മകനോട് ചോദിച്ചു എവിടുന്നാണോ നിനക്ക് കിട്ടണത് അപ്പൊ കുട്ടി പറയാണ് പശുക്കളൊക്കെ കണ്ടിട്ടില്ലേ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ അയമർക്കും ഇതുപോലെ എന്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ താനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പൊ അച്ഛന് മനസ്സിലായി ഇതുപോലെ കൊറേ അതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പിന്നെ തീർത്തു കളയാം അതുകൊണ്ട് സഹജമതി അസേതിഭവൻ വധോപായം ഈ കുട്ടിയെ കൊന്നുകളയാ എന്ന് കരുതിയിട്ട് ഇങ്കരന്മാരെ ഏൽപ്പിച്ചു അവരാണെങ്കിലോ സ ശൂലൈരാവിധസുബു വതിദോദിജഗണൈ ദിഗ്ഗജണേ മഹാസത്പ്പേദോ അശനസകരാഹാര വിദുത ഗിരീന്ദ്രോച്ചി അഹ പരമാത്മന്യ വിഭോന്യസ്താത്മൽ ഇമപി നമവദ ഐ പരാത്മൻ വിഭോ ഏ ഗുരുവായൂരപ്പ അവിടുത്തെ പരമഭക്തനായ പ്രഹ്ലാദനെ ശൂലെയാവിദ്ധ ശൂലം കൊണ്ട് കുത്തിക്കൊല്ലാൻ നോക്കി സാധിച്ചില്ല ദിഗ്ഗജങ്ങളെ സുബഹുമതിത ഗജങ്ങളെക്കൊണ്ട് ചവിട്ടിക്കൊല്ലാൻ നോക്കി സാധിച്ചില്ല മഹാസപ്തിദഷ്ട സർപ്പങ്ങളെക്കൊണ്ട് കൊത്തിച്ചു നോക്കാൻ നോക്കി അനശ അവര് ഭക്ഷണം കൊടുക്കാതെ നോക്കി വിഷം കലർത്തി നോക്കി നഗരഹാരവിധുത ഗ്രീൻ ധ്രുവക്ഷിപ്ത പർവ്വതത്തിന്റെ മുകളിൽ താഴെയിട്ടുനോക്കി എന്തെല്ലാം ചെയ്താലും വരിതീ പീഡാം അവനെ ഒരു തരത്തിലും പീഡിപ്പിക്കാൻ അച്ഛനോ ആ കിങ്കരന്മാർക്കോ സാധിച്ചില്ല കാരണം അവനെ അത്രമാത്രം അവിടുന്ന് സംരക്ഷിച്ചുകൊണ്ടിരുന്നു അത് ഭഗവാന്റെ ആ കാരുണ്യം ആരുടെ കൂടെ പലപ്പോഴും ഭഗവാൻ അവതരിക്കുമോ എന്നുള്ള ചോദ്യത്തിനുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഭഗവാൻ ഏത് വിധത്തിലൊക്കെ അവതരിക്കുന്നു ഭഗവാൻ അവതരിക്കുമെന്നുള്ള കാര്യത്തിൽ പലരും പല സംശയങ്ങളുള്ളവരാണ്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 അവർ പറയുന്നത് ഭഗവാൻ എന്ന് പറയുന്ന ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് നിർഗുണ നിരാകാരനായിരിക്കുന്ന രൂപമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഈശ്വരനെ രൂപത്തിൽ ആരാധിക്കുന്നതൊക്കെ ഈശ്വരൻ നിന്ദയാണ് അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ വിഗ്രഹാരാധന മുസ്ലിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പലപ്പോഴും അവർ നമ്മളെ എതിർക്കുന്നത് ഇതിനെക്കുറിച്ചൊരിക്കൽ അക്ബര ഒരു ചർച്ചയിലിടപെട്ടു നിങ്ങളിങ്ങനെ ഈശ്വരനെ താഴ്ത്തരുത് സർവത്ര നിറഞ്ഞിരിക്കുന്ന സർവാധാര സർവശക്തനായിരിക്കുന്ന ഈശ്വരനെ മനുഷ്യന്റെ നിസ്സാര കാര്യങ്ങൾക്കെല്ലാം രക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ ഈശ്വരനെ താഴ്ത്തില്ലേ ചെയ്യുന്നത് ഈശ്വരനെ നിങ്ങൾ മനുഷ്യന്റെ തലത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈശ്വരനെ നിന്ദിക്കുന്നത് ശരിയാണോ എന്നുള്ളത് അക്ബർ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ മഹാമ ബുദ്ധിമാനായിരുന്ന മന്ത്രിയായിരുന്ന ബീർബൽ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ ഇതിനുത്തരം ബീർബൽ പറഞ്ഞു ഞാൻ ഇപ്പം തിരഞ്ഞെങ്കിൽ സമയം വരുമ്പോൾ തരാറ് അപ്പൊ ഒരു ദിവസം വൈകുന്നേരം ബീർബൽ അക്ബരോട് പറഞ്ഞു നമുക്കൊന്ന് നടക്കാൻ പോകല്ലേ എന്ന് വെച്ചു ബീർബൽ പറഞ്ഞ റെഡി അക്ബർ അക്ബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തിയാണ് അത്ര ഹേമനാണല്ലോ അതേ അവരിങ്ങനെ ഗംഗയുടെ തീരത്തോട് നടക്കുക നടക്കുന്ന സമയത്ത് ഒരു തോണി കണ്ടു ഗംഗയിൽ അപ്പൊ ബീർബൽ പറഞ്ഞു ഏ രാജൻ കാണുന്നില്ലേ ഒരു തോണി ഓ കാണുന്നു ആരാ അതിൽ ബീർബൽ കൊട്ടാരത്തിന് തോഴി കൊട്ടാരത്തിന് തോഴിയാണ് തോണിയിൽ അവളുടെ കയ്യിലെന്താണ് വൈകുന്നേരമാണ് കുറച്ചു ദൂരെയാണ് അവര് കുറച്ചുകൂടി അടുത്തെത്തിയത് നമുക്ക് കാണാം എന്താ കാണുന്നത് അക്ബറുടെ പുത്രനാണ് തോണിയിലുള്ളത് ഗംഗയിൽ നല്ല ഒഴുക്കുണ്ട് അക്ബർക്ക് പേടി ആരാ ഇവിടെ കൂടി കുട്ടിയെ കൊണ്ട് തോണിയിലിരുത്താൻ പറഞ്ഞത് ഉടനെ അക്ബർ പറഞ്ഞു ബീബൽ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുട്ടിയെ കൊണ്ടുപോവാറുണ്ട് കുട്ടിക്കൊരു ഉല്ലാസായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം കുട്ടികൾക്ക് ഇപ്പം വൈകുന്നേരം മൈതാനത്തിലൊക്കെ നടക്കാൻ ഇഷ്ടമാണല്ലോ അതുപോലെ തോണിയിലൊരു യാത്ര അപ്പൊ ഇത് കേട്ടപ്പം അക്ബർക്ക് സമാധാനം പല ദിവസങ്ങളിലും പോവാറുണ്ടെങ്കിൽ കുഴപ്പമില്ല അതർത്ഥം പെട്ടെന്ന് തോണിക്കാരന്റെ കയ്യിൽ നിന്ന് തോണി അവിടെ വിട്ടുപോയി തോഴ കയ്യിൽ നിന്ന് പോയി ഒഴുക്കിൽ പെട്ടുപോയി തോഴി ഒഴുക്കിൽ പെട്ടതും തോണി ആ പെട്ടെന്ന് അങ്ങോട്ടിങ്ങോട്ട് വിളയുന്നു തോഴിയുടെ കയ്യിൽ നിന്ന് കുട്ടി വീണു അക്ബറത് കാണുന്ന മാത്രയിൽ ഗംഗയിലേക്കൊരു ചാട്ടം ആ കുട്ടിയെ എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീന്തി എങ്ങനെയെങ്കിലൊക്കെ ആ കുട്ടിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുമ്പോ അത് കുട്ടിയായിരുന്നില്ല അതൊരു ബൊമ്മയായിരുന്നു പറയാണ് കുട്ടിയെ പോലെ ഒരു ബൊമ്മ ഉണ്ടാക്കിയത് ആ കയറി വരുന്ന സമയത്ത് ബീർബല് ചോദിക്കാൻ അക്ബരോട് കേവലം ഒരു പുത്രനെ രക്ഷിക്കാൻ ചക്രവർത്തിയായ ഒരു വെള്ളത്തിലേക്ക് ചാടാൻ സാധിക്കുമെങ്കിൽ തന്റെ ഭക്തനെ രക്ഷിക്കാൻ ഈശ്വരൻ ഏത് രൂപവും എടുക്കാൻ സാധിക്കില്ലേ എന്ന് മനസ്സിലായി ഒരു ചക്രവർത്തിയായ രാജാവിന്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 പക്ഷെ മുറുകെ പിടിക്കണം ഭഗവാൻ ഗുരുവായൂരപ്പനുള്ളൊരു വിഷമെന്താന്ന് വെച്ചാൽ കടുത്ത പരീക്ഷണത്തിലൂടെ ഭഗവാൻ നോക്കൂ പിടിക്കുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ അപ്പൊ അതായത് നിങ്ങളൊരു വീട്ടിൽ ഒരു യാചകന്റെ കഥ പറയുകയെന്ന് വെച്ചാൽ ഒരു യാചകൻ ഒരു വീട്ടിൽ ഭക്ഷണത്തിന് വരുന്നു അപ്പൊ അയാൾ ഭക്ഷണം കൊടുക്കണില്ല അയാൾ പറയുകയാണ് നിനക്ക് തരില്ല ഇവിടെ കണ്ട യാചകന്മാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സ്ഥലം തരില്ല എന്ന് പറയാം അയാൾ അവിടുന്ന് അപ്പൊ അടുത്ത വീട്ടുകാരെ വിളിച്ചിട്ട് പറയുന്നത് അവിടെ വരും ഞാൻ തരാം ഭക്ഷണം എന്ന് അപ്പൊ ഇദ്ദേഹം എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണേ ഞാൻ അവിടുന്നേ കഴിക്കുള്ളൂ എന്ന് ഇങ്ങോരടുത്തേ ഭക്ഷണം കഴിക്കുള്ളൂ അയാൾ എവിടുന്നും കഴിക്കാതെ തിരിച്ചു പോണം രണ്ടാമത്തെ ദിവസവും അതേ സമയത്ത് ഇയാളാ മുതലാളിയുടെ വീട്ടിൽ വരുന്നു ഭക്ഷണത്തിന് ഇദ്ദേഹം വടിയും പിടിച്ചിടാ നിൽക്കുന്നത് ഇവിടെ ദുഷ്ടൻ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ കയറി വരരുതെന്ന് അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുന്നവർക്കുള്ള സ്ഥലമാണോ അത് ഞാനാർക്കും ഭക്ഷണം തരാൻ പോലേ ഇറങ്ങിപ്പോടാമോ അപ്പൊ അടുത്ത വീട്ടുകാർ പറയാണ് ആ മനുഷ്യൻ നന്ദിയില്ലാത്തവനാണ് അയാൾക്ക് കുടുക്കണ സംസ്കാരമില്ല നീ ഇങ്ങോട്ട് വാഞ്ഞാൽ തരാമെന്ന് ഒരുവിധം ബോധമില്ലാത്തവൻ എന്ത് ചെയ്യും അവിടെ പോയി മേടിക്കും എന്നാൽ ഇദ്ദേഹം പറയാണ് ഞാൻ അയാളുടെടുത്തുന്നേ കഴിക്കുള്ളൂ എനിക്ക് നിങ്ങളുടെ ചോറ് വേണ്ട ഇയാൾ തിരിച്ചു പോകും മൂന്നാമത്തെ ദിവസം അയാൾ കയറിച്ചിട്ടുള്ളൂ എങ്കിൽ മറ്റാൾ പട്ടിയും പിടിച്ചല്ല നിൽക്കണത് കയറി വന്ന അപ്പം പട്ടിയും വിടുന്നു നിന്നോട് ഞാൻ രണ്ടു ദിവസമായി പറയുന്നു കയറി വരരുതെന്ന് അപ്പോഴി ഇയാളെ ഇറങ്ങിപ്പോകുന്നു പട്ടിയെ കണ്ടിട്ട് അപ്പൊ മറ്റാൾ പറഞ്ഞു നാണൻ ഇല്ലേ നിനക്ക് പട്ടിയേക്കാളും മോശമാണ് തോന്നി ഇവിടുന്ന് ഇവിടെ നീ വാങ്ങിച്ച് കഴിച്ചിട്ടപ്പോ എന്തിനളെ ആശ്രയിക്കരുത് അപ്പൊ ഇയാൾ പറയാണ് അയാൾ എന്നെ ആട്ടിയാലും ഞാൻ അവിടുന്നേ ഒഴിക്കുന്നു നാലാമത്തെ ദിവസം പോകുന്നു അന്നും അയാൾ ചീത്ത പറഞ്ഞുകൊണ്ട് പറയുകയാണ് തരില്ലേ നിനക്ക് അപ്പൊ ഇയാൾ പറയാണ് നിങ്ങളെ കയ്യിൽ നിന്നല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ലയാണ് ഇന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ ഇയാളെ കളിയാക്കിയാൽ ഇയാൾ കഴിക്കുന്നില്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസം അയാൾ കയറി വരുമ്പോ നല്ല സദ്യ ഒരുക്കിയിട്ടുണ്ടാവുന്നവരികയാണ് കാരണം അങ്ങോർക്ക് മനസ്സിലായി ഇയാള് മറ്റൊരിടത്തു നിന്നും ഭക്ഷണം കഴിക്കില്ല എന്റെ അടുത്ത് നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒരിക്കലും കൈവിടില്ല ഇതുപോലെ ഭഗവാൻ ആട്ടും ആട്ടിയോടിക്കും പക്ഷേ ചിലരൊക്കെ ആ ആട്ടൽ കണ്ടാൽ മറ്റുള്ളിടത്ത് പോയി കഴിക്കാൻ പോവും എന്നാൽ ഏതൊരു ഭക്തനാണോ ഞാൻ അങ്ങേയല്ലാതെ മറ്റൊരാളെയും ശ്രയിക്കില്ല എന്ന് എത്ര ചവിട്ടുകൊണ്ടാലും കുത്തുകൊണ്ടാലും വിടാത്തത് അവരെ അവസാനം ഭഗവാൻ കൈവിടില്ല കാരണം പിന്നെ ഭഗവാൻ മനസ്സിലായത് ഇവരെന്നെ അങ്ങനെ വിടില്ലാകുന്നത് അത് ഉറപ്പ് പിന്നെ നിങ്ങളുടെ കാര്യം ആര് നോക്കി പിന്നെ നിങ്ങൾക്ക് പട്ടുമെത്ത് നിന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നീ എവിടെയും അവിടെ കടന്നു അതുവരെ അദ്ദേഹം പട്ടി നോക്കും പടിയെടുത്ത് നോക്കും പല പല പരീക്ഷണങ്ങളിലൂടെയും വിധേയരാക്കും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 അതുപോലെ പരീക്ഷണങ്ങൾ പരീക്ഷിച്ചാലും ഞാൻ അങ്ങേ മുറുക പിടിച്ചിരിക്കും ഒരു വായ്പ ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ആര് വരണം ഭഗവാൻ വന്നേ കാരണം അദ്ദേഹത്തിന് നിവൃത്തിയില്ല അദ്ദേഹം അടിമയായി തീർന്നു ഭഗവാൻ പറയുന്നുണ്ട് എന്നെ മുറുകിടിക്കുന്ന ഭക്തന്റെ ദാസനാണ് ഞാൻ അഹം ഭക്തപരാധീനഹി അശ്വതം നാളെ കഥകളൊക്കെ ഞാൻ ദാസനാണെന്ന് ഇപ്രകാരം പ്രഹ്ലാദനെ ഭഗവാൻ അനുഗ്രഹിക്കാൻ നിശ്ചയിച്ചു എന്നിപ്പോ അതശങ്കാവിഷ്ട സ പുനരതിദുഷ്ടോസ്കോ ഗുരുക്കാതേഹേ മരുണവാശേ തമരുണൽ ഗുരുച്ചാസാനി സ പുനരനുഗാന്ൈറ്റവൽഭക്തി സരമവിവിജ്ഞാനവശിഷൽ അങ്ങനെ പിതാവ് കൊല്ലാൻ നിശ്ചയിച്ച് പരാജയപ്പെട്ടപ്പോ ഗുരുക്കന്മാരെ വീണ്ടും പിടിച്ചുകൊണ്ടുപോയി കുട്ടിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുണപാശം കൊണ്ട് കെട്ടിയിട്ടു എന്നാണ് പറയാണ് വരുണഭാശി വരുണപാശം കൊണ്ട് ആ കുട്ടിയെ കെട്ടിയിട്ട സമയത്ത് കെട്ടിയിട്ടപ്പോ ഗുരോഹോ അസാന്നിധ്യേ ഒരു ദിവസം ഗുരുക്കന്മാര് സ്ഥലത്തില്ലാത്ത സമയം നോക്കിക്കൊണ്ട് അനുകാൻ ദൈത്യതനയാൻ അവിടെ കൂടെ ഉണ്ടായിരുന്ന ദൈത്യകുട്ടികളെ ഈ പ്രഹ്ലാദനം എന്ത്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 ഗുരുക്കന്മാരു വരുന്നത് പിതാ ശ്രുണ് ബാലപ്രകരമഖിലം കൽസ്തുതി പരം രുഷാന്താഹീണത കലമിരിലം മേ വൈഗുണ്ഡ അവജ ജഗത അഭിജലം സേവ ത്രൈലോക്യം സകലമരി ധീരോയമകീ ആ പിതാവ് ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കി കുമാരന്മാരെല്ലാം തൊൾ സുതിപരം സുണ്ണൻ ഭഗവാനെയാണ് സ്തുതിക്കുന്നത് ഇപ്പോ ഇരണ്യകശുവിന്റെ നാമം പോലും അവർ ജപിക്കുന്നില്ല ഇരണ്യകശുവിനെ അവർ വിലവയ്ക്കുന്നില്ല സർവം അവരുടെ മനസ്സ് മുഴുവൻ ഗുരുവായപ്പനിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് കേട്ടതും ഹേ കുലഹത എടാ കുലനശിപ്പിക്കുന്നവനെ തേ ബലം കഹ നിനക്ക് എവിടുന്നാണാ ഈ ബലം ആരാണ് ഈ ശക്തി തരുന്നത് എന്നെല്ലാം ഇങ്ങനെ അലറിയപ്പോ കുട്ടി പറയുന്നു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 കുട്ടിയുടെ മനസ്സിനെ തളർത്താൻ ഇരണ്ടിവസം മുന് സാധിച്ചില്ല അത്രമാത്രം കുട്ടിയുടെ മനസ്സ് ആരെ മുറുകെ പിടിച്ചു ആ ഗുരുവായൂരപ്പനിൽ മുറുക പിടിച്ചു പറയുകയാണ് പേടിച്ചില്ല പറയാണ് എന്നിട്ടോ ഹരേ സകല ജഗദാത്മാ ഹരിനിധി പ്രഭിന്ദി സ്മ സ്തംഭം ഹരിതകരവാളോ അത പശ്ചാത് വിഷ്ണോസ് കൃപാത്മൻ വിശ്വാത്മൻ അവനപുരവാസിൻ നിടയമാം ഹരേ ക്വാസോ ക്വാസോ ദിതിസുധ ഈ ദിതിസുധനായിരിക്കുന്ന ഇരണ്ടി കശിപ്പു തന്റെ വാള വലിച്ചോങ്ങിക്കൊണ്ട് ചലിതകരവാള ഉച്ചത്തിൽ അലവാണ് അസോ ഹരി ഈ സകല ജഗത്തിലും ആത്മാവായിരിക്കുന്ന ഹരി എവിടെയാണ് എവിടെയാണ് വിഷ്ണു എവിടെയാണ് ഗുരുവായൂരപ്പൻ അസോ ക എവിടെ എവിടെ എന്നിങ്ങനെ അലറിക്കൊണ്ട് ഇതി ഉപ്ത സ്തംഭം പ്രവിതേ എടാ നിന്റെ വിഷ്ണു ഈ കാണുന്ന തൂണിലുണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൂണിന്റെ നേരെ ചെന്നുകൊണ്ട് അതാ തൂണിന് നേരെ ആ ഞോങ്ങിക്കൊണ്ട് ഒന്ന് പ്രഹരിച്ചു എന്ന് പറയാണ്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 പ്രകടമായി എന്ന് ഇരുപത്തിയഞ്ചാമത്തെ ദശകത്തിൽ പെട്ടതിരിപ്പാട് പറയുന്നു സ്തംഭേ കട്ടയദോ ഹിരണ്യകശിപോ കർണോ സമാചൂർണയൻ ആഗൂർണ്ണജദകുണ്ടകുഹരോ ഗോരസ്ഥൂത്രവായം കില ദൈക്യരാജൃതി പൂർവം കാപ്യസ്രുധം കമ്പ കച്ചന സമ്പാദചലിതോവി അമ്പോ ജഗോവിഷ്ടരാൾ ോ ഹിരണ്യകശിബോ ആ സ്തംഭത്തിൽ ആ നോങ്ങിക്കൊണ്ടൊരു ഇടിയിടിച്ച ആ ഹിരണ്യകശിപുന്റെ കർണോ സമാതുർണയൻ ചെവികളെ പൊട്ടിക്കുമാറ് ആഗൂർണ ജഗദണ്ഡുണ്ടകുഹരം ഈ ഭൂമിയെ തന്നെ എട്ട് ദിക്കുകളെയും ഞെട്ടിക്കുമാറ് അതാ അവിടെ നിന്ന് രവോ അപൂത് ഉഗ്രമായൊരു അലർച്ച കേട്ടു ഏതാണത് പൂർവം കഥാവ്യശ്രുതം ഇതുവരെ ഇങ്ങനെ ശബ്ദം കേട്ടിട്ടില്ല എല്ലാവരും ദൈത്യരാജഹൃതി ഈ ദൈത്യരാജനായിരിക്കുന്ന ഹിരണ്യകശു പോലും ആ ശബ്ദം കേട്ട് പേടിച്ചുപോയി ആ രൂപത്തിൽ ആ തോണിൽ നിന്നും അതിഘോരമായ ഒരു രൂപം പുറത്തേക്ക് പ്രകടമാവുന്നു ആരാണ് ആ രൂപം ദൈത്യേദിചക്ഷുഷിവ സംരംഭിണി സമ്പദ സംഭൂതം നമൃഗാത്മകം നമനുജാകാരം വപുസ്തേ വിഭോ കംകിം ഭീഷണമേതത്ഭുതമിതി യുദ്ധാതചിത് സുരേ സ്ഫൂർജ്വോ ഗ്രോമഭിഗസൽ വശ്മാ സമാധം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 ക്ഷുഷി വേടിച്ചുപോയ ഹിരണ്യകശു നാനാ ദിക്കിലേക്ക് നോക്കി എന്താ ഈ ശബ്ദം കേട്ടത് എവിടെ നിന്നാണ് ഈ ഘോരമായൊരലർച്ച കേട്ടത് അപ്പോഴാണ് തോടിലേക്ക് ശ്രദ്ധ വന്നത് ആ തോടിൽ കാണുന്നത് തീക്കട്ട പോലുള്ള രണ്ട് രക്ത മൂർത്ത നഖങ്ങള് വെളുത്ത രോമങ്ങള് കൂർത്ത പല്ലുകള് സ്വകുന്ന നാവ് ഒരു നാവ് ഇതെല്ലാം കണ്ടപ്പം മനസ്സിലായി മൃഗാത്മകം കേവലം മൃഗം മാത്രമല്ല ഇന്ന മനുജാകാരം കേവലം മനുഷ്യരൂപവുമല്ല ഇത് രണ്ടും കൂടി ചേർന്നിരിക്കുന്ന ഭഗവാനെ ആ ബീവൽസമായ ഘോരമായ ഉഗ്രമായ ആ നരസിംഹരൂപത്തെ കണ്ട് സമ്പ്രദസംഭൂതം പേടിച്ചുപോയി ഇങ്ങനെയൊരു രൂപമുണ്ടോ എന്ന് കിം കിം ഏതൽ ഇതെന്താണ് ഇതെന്താണ് രൂപം എന്നെല്ലാം വിഭ്രാന്തചിത്തനായിക്കൊണ്ട് ആ രണ്ടു കശു പേടിച്ചു വരെയാണ് ഭഗവാനാണെങ്കിലോ ആ ഘോരമായ ഉഗ്രമായ ഭീകത്സമായ രൂപത്തെ കാണിച്ചുകൊണ്ട് അവിടുത്തെ ഉച്ചത്തിൽ നലറാൻ തുടങ്ങി ഭഗവാന്റെ ആ രൂപം എങ്ങനെയായിരുന്നു സപ്തസ്വർണ സവർണാക്ഷംഖം ജഗ്വാർഗമൃശൃശ്യമാനസമഹ dastayu godamaram സ്വർണം ചുട്ടുപഴിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തിളങ്ങുന്ന തീക്കട്ട പോലുള്ള രണ്ട് ഉഗ്രമായ കണ്ണുകൾ രൂക്ഷാക്ഷം അതുപോലെ തന്നെ വായ പൊളിച്ചപ്പോഴോ ആകാശം പിളർന്നതുപോലെ തന്നെ വലിയൊരു ആയ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്നാണ് ഗഡ്ഗോഗ്ര ഗംഭീരമായൊരു വാളുപോലെ ആ ഭഗവാന്റെ നാമ് കാണാൻ സാധിച്ചു എന്നാണ് പിന്നീടോ മഹാദൃഷ്ട കൂർത്തമൂർത്തിരിക്കുന്ന പല്ലുകളെ കണ്ട് ഇതെല്ലാം കണ്ട് ഹിരണ്ടി കശുപു ഭയന്നുപോയി എന്നാണ് പിന്നീടോ ർപ്പിരംഗീഷണഹനും ഹ്രസ്വസ്തിരീയസ്തര ഗ്രീവം പീവനദോഷോത്ഗതനഖ ക്രൂരാംശുദൂരോണ വ്യോമോലംഗിഗനോപന പ്രധ്വാനർവിധ സ്മർപ്രകരം നമുദം നാരസിംഹം ബഭൂ വായ പൊളിച്ചതുകൊണ്ട് വായ എങ്ങനെ തുറത്തിരിക്കയാണ് മുഖത്തുള്ള ചുളിവുകളെ കൊണ്ട് ആ താടിയെല്ലുകളൊക്കെ വളരെ ദീപത്സമായി തോന്നിച്ചു പറയാണ് പിടിച്ചു നിൽക്കുന്ന ആ രൂപത്തെ കണ്ടുകൊണ്ട് വയന്നുപോയി ഇരണ്ണികച്ചു പോകും ഗ്രീപം കഴുത്താണെങ്കിൽ കുറുകിയിരിക്കുന്നു വിഴുങ്ങാൻ നിൽക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് നഖങ്ങളാണെങ്കിൽ ക്രൂരമായ നഖങ്ങളൊക്കെ പിടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു ഇപ്രകാരം ഈ പ്രപഞ്ചത്തിലുള്ള സകല അസുരന്മാരെയും പേടിപ്പിക്കുമാറ് സ്വർഗാനുപ്രകരം എല്ലാവരെയും ഭയപ്പെടുത്തുമാറുള്ള നാരസിംഹം തമോ നമാമി അഘോരമായ വിവൽസമായ ഉഗ്രമായ ഭഗവാന്റെ ഭയാനകമായ നരസിംഹരൂപത്തെ ഞാൻ നമസ്കരിക്കുന്നു മനസ്സിലായി ഹിരണികശുവിന് നൂനം വിഷ്ണുരയം നിഹന്യമുദി രാമിൽ കഥാഭീഷണം ദൈത്യന്തം സമവാദ്രവന്തൃതാ തോവ്യം പ്രദുഭ്യാമും വീരോ നിർഗലിതോദഗലകൃണ്ണൻ വിജിത്ര ശ്രമാൻ വ്യാപന് പുനരാമവാദുവനസ്റ്റോദ്യതം താമഹ ൂനം വിഷ്ണു ഇത് വിഷ്ണു തന്നെ ഇത് ഭഗവാൻ തന്നെ ഉറപ്പിച്ചു അങ്ങോട്ട് ഇനി ഭഗവാനെ വിടുന്ന പ്രശ്നം നിഹന്മി ഇപ്പോ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഭഗവാന്റെ നേരെ അതാ ഓടി വന്നുകൊണ്ട് ഗത ചുഴറ്റിക്കൊണ്ട് സമുപാധമും ഭഗവാന്റെ നേരെ ഓടി വന്നുകൊണ്ട് ഗത തുടങ്ങി ഭഗവാൻ അവന്റെ ഗതയൊക്കെ തട്ടിത്തെറിപ്പിച്ചു അവരെ പിടിക്കാൻ ശ്രമിച്ചു അവരാണെങ്കിലോ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് അതൃത നിർഗണിത ഗഡ്ഗലകെ ഓടിച്ചെന്ന് വാളെടുത്തുകൊണ്ടുവന്നു ഭഗവാന്റെ നേരെ എന്നിട്ട് വെട്ടാൻ തുടങ്ങി ഭഗവാൻ അവന്റെ വാളും അടിച്ചുതരിപ്പിച്ചു ഇങ്ങനെ ഭഗവാൻ അവന്റെ പിന്നാലെ ഓടിക്കൊണ്ട് അവനെ പിടിക്കാൻ ശ്രമിക്കണം അവനാണെങ്കിലോ പ്രാമ്യന്തം പുനരബിഷ്യൂർഭ്യം നിർഭരഗണ രക്താമ്പു ബുദ്ധോത്സവം ആയം പായമുതൈരയോ ബഹുഗ സംഹാരംഹാരവൻ സമായ നരസിംഹരൂപം ആ ഹിരണ്യകശുവിന്റെ പിന്നാലെ ബ്രാഹ്മ്യന്തം തിജിദാധമം അഥവനായിരിക്കുന്ന ഹിരണ്യകശുവിന്റെ പിന്നാലെ ഓടിക്കൊണ്ട് ഒരു നിമിഷം ഭഗവാൻ അവന്റെ ഒരു പാമ്പ് എപ്രകാരമാണ് പാമ്പിന്റെ മേലെ ഗരുഡൻ വീഴുന്നത് അതുപോലെ അവന്റെ മേലേക്ക് മറഞ്ഞു വീണു രണ്ടു കൈകൊണ്ടും അവനെ വാരിയെടുത്തു തന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഭഗവാൻ പതുക്കെ പതുക്കെ നടന്ന് ദ്വാരേരിയുകേനി അവനെ അകത്ത് വെച്ചു കൊല്ലരുത് പുറത്തുവെച്ചു കൊല്ലരുത് കൊല്ലരുത് പകൽ കൊല്ലരുത് അവരെ ഭൂമിയിൽ വെച്ച് കൊല്ലരുത് ഇതൊക്കെ അവർ കിട്ടിയിട്ടുണ്ടല്ലോ മരങ്ങള് ഭഗവാൻ തന്റെ മടി വാതിൽപ്പടിയിലിരുത്തിന്റെ മടിയിലേക്ക് അവനെ വിസ്തരിച്ച് അങ്ങോട്ട് കടത്തി എന്നിട്ടോ വക്ഷോഭുവി നഗരാനുഃഖായ തന്റെ കൈകള് അവന്റെ ശരീരത്തിൽ ഉറപ്പിച്ചു വെച്ച് വിരലുകളിൽ അവന്റെ മാറിലേക്ക് കുത്തി ഇറക്കിക്കൊണ്ട് കീറിപ്പൊളിച്ച് നിർബിന്ദൻ കീറിപ്പൊളിച്ചു കളഞ്ഞവന്റെ അതിൽ നിന്നും അതിഗർഭദീർഘര രക്താമ്പുബദ്ധോത്സവം അവിടെ നിന്ന് തുളുങ്ക വരുന്നു മുകളിലേക്ക് രക്തം അങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരുന്ന രക്തത്തെ പായം പായം ജഗത് സംഹാരി വലിച്ചു കുടിച്ച് ഭഗവാൻ ഉച്ചത്തിൽ ഉച്ചത്തിൽ എല്ലാവരെയും ഭയപ്പെടുത്തി എന്ന് പറയാണ് ഭഗവാന്റെ മുഖം മുഴുവൻ അവന്റെ രക്തം കൊണ്ട് അറിഞ്ഞു അങ്ങോട്ട് വിവൽസമായൊരു രൂപമായി തീർന്നു തെക്വാത്തം ഹതമാശുരക്തലഹരി പ്രത്യുൽപ്പമസ്തൈത്യപടലീ രാഗാദ്യമാനീ ത്യീ രാമൂമി വിഗംബിതാബുദികുലം വ്യാലശൈലോൽക്കരം ഹോ സൽപ്പൽചരം ചരാചരമോ ദുസ്തവസ്താം ം ഭഗവാൻ അവന്റെ കുടൽമാലകളൊക്കെ വലിച്ചെടുത്തു ആ കുടൽമാലകളൊക്കെ തന്റെ കഴുത്തിലേക്ക് ഇട്ടുകൊണ്ട് ഉച്ചത്തിൽ അലറുന്ന സമയത്ത് അവന്റെ ശരീരത്തിൽ നിന്നു രക്തം കൊണ്ട് ഭഗവാന്റെ മുഖൊക്കെ നിറഞ്ഞിരിക്കുന്നു ഭഗവാൻ തെക്വാധം മരിച്ചവന്റെ ശരീരത്തെ ദൂരേക്ക് തട്ടി മാറ്റിക്കൊണ്ട് ആ രക്തലഹരിയിൽ അങ്ങനെ ഭഗവാൻ നിൽക്കുകയാണ് ഭഗവാൻ എന്ത് ചെയ്തു സമസ്ത ദൈത്യപടലിയും അവന്റെ ആളുകളുടെ നേരിൽ കോടാൻ തുടങ്ങി കിട്ടിയവരൊക്കെ കടിച്ചു തുടങ്ങി ഇപ്രകാരം ഭഗവാൻ ചെയ്യുമ്പോ ഭൂമി പോലും ആകെ താളം തെറ്റിയതുപോലെ കറങ്ങാൻ തുടങ്ങി ബ്രാഹ്മിർഭൂവി എന്തിനു പറയുന്നു ശൈലോല ശിലകളും മരങ്ങളും വൃക്ഷങ്ങളും അതുപോലെ തന്നെ എന്തിനു പറയുന്നു വലിയ വലിയ ശൈലങ്ങൾ പോലും പർവ്വതങ്ങൾ പോലും താളം തെറ്റി ആടാൻ തുടങ്ങി എന്തിനു പറയുന്നു ഖജരം ചരാചരം നക്ഷത്രങ്ങൾക്ക് പോലും സ്ഥാനം തെറ്റാൻ തുടങ്ങി ഇങ്ങനെ ഭൂമി മുഴുവൻ പ്രപഞ്ചം മുഴുവൻ ഒരു പ്രാപിച്ചു ആ സന്ധ്യാസമയത്ത് പറയാണ് താവൻമാംസ അപകരാളവപുഷം റോരാന്ധ്രമാരാധരും സമിത്തരോഷമുഷിതം ദുർവാരുർവാരവ്യേതുകോ വിഭുവി ദൂരെ സ്ഥിരാ വീരവേ ശവിധ വസമുഖാ പ്രത്യേകമസ്തോഷ അവന്റെ മാംസത്താൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ശരീരം രക്തത്താൽ നിറഞ്ഞിരിക്കുന്ന മുഖം ഗോരാന്തരമാലാധരം ബീപത്സമായ ഉഗ്രമായ ഭയാനകമായ പേടിപ്പിക്കുന്ന രൂപത്തെ കണ്ടുകൊണ്ട് ദുർവാരകർവാരവം ആരും അടുത്തേക്ക് പോവാൻ സാധിച്ചില്ല അത്ര ബീപത്സമായ ശബ്ദം ഭഗവാൻ എന്ന് പറയുന്നു അഭ്യേതും പൂവനി കോപിന ശശാക ആരും അടുത്തേക്ക് പോവാൻ തയ്യാറായില്ല ശർവവിരിഞ്ജവാസവ മുഖ ഭഗവാനെ ശിവൻ വിരിഞ്ചൻ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ദൂരേ നിന്നുകൊണ്ട് ദൂരെ സ്ഥിത പ്രത്യേകം അസ്തോഷത ദൂരെ നിന്നുകൊണ്ട് ഭഗവാനെ ശ്രുതിച്ചു അടുത്തു പോവാനുള്ള ധൈര്യം ആർക്കുണ്ടായില്ല ഈ വിരുദ്ധനും ശിവനും ഉണ്ടായില്ല പറയാണ് ഓരോരുത്തരുടെയും സ്തുതി കേൾക്കുമ്പോ ഭഗവാൻ ഉച്ചത്തിൽ അലറും അവർ നിന്നിടത്ത് നിന്ന് വീണ്ടൊരു കിലോമീറ്റർ പുറകോട്ടാ പോണത് ആർക്കും അടുത്തേക്ക് വരാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്നിട്ടോ ഭൂയോ ഗതോഷതാമിഭവതി ബ്രഹ്മക്യാബാല കാര്ണ്യവാരാകുള ശാദസ്തം ഗരമസ മൂർണി സമതോത്രൈരുർഗാത താഗായതീയോ വിദേദിത വരും ലോകാചാനുഗ്രഹം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 എന്റെ കോടയിൽ കളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഭാര്യയാണ് ഭർത്താവാണെന്ന് ഉപ്പാ വിചാരം ഏൽക്കണ്ടാവില്ല ഞാൻ പോവില്ല ലക്ഷ്മിദേവി പോയില്ല അപ്പോഴാണ് രഹ്മാവ് ബാലകേ പ്രഹ്ലാദേ ബാലകനായിരിക്കുന്ന പ്രഹ്ലാദന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഉണ്ണി ഉണ്ണി വിചാരിച്ചാൽ ഭഗവാനെ ശാന്തമാക്കാൻ സാധിക്കും ഇത് കേട്ടതും പാതയോതമതി യാതൊരു ഭയവും കൂടാതെ ഭഗവാന്റെ അടുത്ത് ആ പാദത്തിൽ വീണ് നമസ്കരിച്ചു ഭഗവാനാണെങ്കിലോ അത്രയും നേരം ക്രോധാവേശത്തിൽ നിന്ന ഭഗവാൻ പഞ്ഞി പോലെ തടുത്തു ആകെ ആള് മാറി വളരെ സോഫ്റ്റായി എന്നിട്ടോ കാരുണ്യാകുല ശാന്തത്വം കാരുണ്യം കൊണ്ട് ശാന്തനായി തരുന്ന ഗുരുവായൂരപ്പൻ മൂർണിക്കരന്ത സമത അവന്റെ മൂർത്താവിൽ കരം വെച്ചുകൊണ്ട് ഭഗവാൻ അവനെ അനുഗ്രഹിച്ചു എന്ന് പറയാണ് ആ കുട്ടിക്കെപ്പോഴേക്കും വികാരാവേശം വന്നു ഭക്തി ആവേശം വന്നു ഭഗവാനെ ഉദ്ഗായത സ്ത്രോത്രങ്ങളെ കൊണ്ട്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 അതേ കരം കൊണ്ട് പുത്രന്റെ തലയിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിച്ചു പ്രിയാണ് ഇപ്രകാരം അനുഗ്രഹിച്ച ഗുരുവായൂരപ്പ പറയുന്നു ഏവം നാടിതരൗദിത വിഭോ ശീതാഭനീയാത ശുത്യന്തീത സർവമഹിമാ അത്യന്തശുദ്ധാകൃതീ പത്രാദങ് നിഖിലോത്തരം പുനരഹോ കസ്വാം പ്രഹ്ലാദ പ്രിഹേ മരുൾ പുരപതേ സർവാമയാൽ പ്രഹ്ലാദപ്രിയഹേ മരുപദേ സർവാമയാഹിമാം പ്രഹ്ലാദപ്രിയഹേ മരുപദേ സർവാമയാത്പാഹിമാടി ഭഗവാനെ ഇതെല്ലാം അവിടുത്തെ ഒരു ലീല മാത്രമല്ലേ നാട്യം മാത്രമല്ലേ വാസ്തവത്തിൽ അങ്ങേക്ക് ഹിരണ്യ കശിവിനോട് വല്ല ദേഷ്യമുണ്ടോ അവിടുത്തെ പാർശ്വന്മാര് തന്നെയാണല്ലോ ഹിരണ്യ കശിവും ഹിരണ്യാക്ഷരമായി വന്നിരിക്കുന്നത് അല്ലേ ഭഗവാന്റെ പാർഷവന്മാരായിരിക്കുന്ന ജയവിജയന്മാരാണ് ഈ രണ്യാക്ഷനും അപ്പൊ അവരെ കൊല്ലാൻ കാണിക്കേണ്ട ആവശ്യമില്ല ഇത് അങ്ങനെ സംബന്ധിച്ച് വെറും ഒരു നാടകം മാത്രമാണ് ഇപ്രകാരം നടന വേഷം കെട്ടിക്കൊണ്ട് അങ്ങ് ലീലയാണിത് ശ്രീതാപനീയ ശ്രുതി ശ്രീതാപനീയം എന്ന് പറയുന്ന ഉപനിഷത്തിലും പറഞ്ഞിരിക്കുന്നു അങ്ങയുടെ ഈ നാട്യത്തെക്കുറിച്ച് സ്ഫുട ഗീത അവിടെ അങ്ങയുടെ ഗീതത്തെ വളരെ മഹിമയെ പറഞ്ഞിട്ടുണ്ട് അത്യന്തശുദ്ധാകൃതേ ഭക്തന്മാരോട് അനുഗ്രഹം മാത്രം ചുരിയുന്ന ഏ ഗുരുവായപ്പ ചിലപ്പം ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ക്രോധരൂപം എടുക്കേണ്ടി വരും ചിലപ്പം അമ്മ കുട്ടി നന്നാവാൻ വേണ്ടി ക്രോധം കാണിക്കും അമ്മയെ സംബന്ധിച്ച് കുട്ടിയോടൊരു ദേഷ്യമില്ല ഉണ്ടോ കുട്ടി നന്നാവാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോ ക്രോധം കാണിക്കും ചിലപ്പോൾ സ്നേഹം കാണിക്കും ഇതുപോലെ ഓരോ ഭക്തന്മാരോടും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് ഭഗവാൻ ക്രോധം കാണിച്ചു സ്നേഹം കാണിച്ചു വാത്സല്യം കാണിച്ചു കാരുണ്യം കാണിച്ചു തരും എല്ലാത്തിന്റെയും പിന്നിൽ അനുഗ്രഹം തന്നെയാണ് തന്റെ ഭക്തനെ തന്നിലേക്ക് ഉയർത്തണം എന്ന് തന്നെയാണ് ഭഗവാന്റെ ആഗ്രഹം അല്ലാതെ ഒരു ഭക്തനെയും ഒരാളെയും തന്നിൽ നിന്ന് അകറ്റണമെന്നോ നശിപ്പിക്കണോ എന്നുള്ളത് ഉയർത്താൻ വേണ്ടിയിട്ടാണ് പല വേഷങ്ങൾ ഇപ്രകാരം ഭഗവാനെ അവിടുത്തെ മഹിമയെ ആർക്ക് മനസ്സിലാക്കാൻ പറ്റും പരംഗംഗയെ ആർക്ക് ലംഘിക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അവിടുന്ന് പ്രഹ്ലാദപ്രിയനായി വന്ന് ഇവിടെ ഭൂമിയിൽ ലീലയാടി അപ്രകാരമുള്ള ഗുരുവായപ്പ നരസിംഹരൂപത്തിൽ വന്ന അവതാര ലീലയാടി ഗുരുവായപ്പ എന്റെ എല്ലാ രോഗത്തിൽ നിന്നും ഉയർത്തിയാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് പട്ടതിരിപ്പാട് ഉപസമരിപ്പിക്കുന്നത് പ്രഹ്ലാദപ്രിയഹേ മരൽപ്പുരപതേ സർവാമയാൽ മാം പ്രഹ്ലാദന് പ്രിയനായിത്തീർന്ന ഗുരുവായൂരപ്പ നരസിംഹരൂപത്തിൽ വന്ന ഗുരുവായൂരപ്പ എന്റെ എല്ലാ ആമയങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രോഗത്തിൽ നിന്നും മുക്തമാക്കിയാലും എന്ന് പറഞ്ഞ് ഉപസംരിപ്പിച്ചു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 ഭഗവാനെ പിടിച്ചിട്ട് അവർക്ക് പരീക്ഷണങ്ങളെ നേരിടാൻ പറ്റുന്നില്ല നമ്മളൊക്കെ അങ്ങനെ ചോദിക്കുക നാല് ദിവസം അമ്പലത്തിൽ പോയി അഞ്ചാം ദിവസം വേതനം വന്നാൽ നമ്മളെന്താ പറയുക ഇങ്ങനെ എന്തിനാ ഭഗവാനെ പരീക്ഷിക്കണമെന്ന് നമുക്ക് പരീക്ഷണ ഇഷ്ടമല്ല എന്നാൽ യഥാർത്ഥ ഭക്തൻ അങ്ങനെയല്ല പറയുക ആരൊക്കെ എങ്ങനെയൊക്കെ പരീക്ഷിച്ചാലും ഞാൻ അവിടുത്തെ പാഠം വിടുന്ന പ്രശ്നമേ ഇല്ല ആരെങ്ങനെ പരീക്ഷിച്ചോട്ടെ ഞാൻ അങ്ങനെ തന്നെ മുറുകെ പിടിക്കും ഒരു ചില സമയത്തുണ്ടല്ലോ കുട്ടികള് അച്ഛന്റെ കൂടെ പുറത്തു പോകാൻ വേണ്ടി അച്ഛന്റെ അടുത്തേക്ക് പോകും ആ സമയത്ത് അച്ഛൻ കുട്ടിയെ പുറത്തു കൊണ്ടാൻ പറ്റില്ല എന്നാലും കുട്ടി അമ്മയുടെ കൈയെല്ലാം തട്ടി അച്ഛനെ മുറുകെ പിടിക്കും അമ്മ ആ സമയത്ത് കുട്ടിയെ വലിച്ചെടുക്കാൻ നോക്കും ഇവിടെവാ പോകണ്ടപ്പം പോകേണ്ട നോട്ട് എന്ത് പറഞ്ഞാലും കുട്ടി അച്ഛന്റെ ശരീരം വിടില്ല അത്ര മൃഗുകിടിക്കും കുട്ടിക്ക് അത്രയും പുറത്തു പോകാനുള്ള വാസന ഉണ്ട് കുട്ടികൾ അങ്ങനെയാണല്ലോ അച്ഛൻ പുറത്തു പോകുമ്പോൾ പുറത്തു പോകും അങ്ങനെ ബലാൾക്കാരെ അങ്ങോട്ട് അച്ഛൻ അച്ഛൻ നിസ്സഹായരായിട്ട് നിൽക്കും കാരണം അച്ഛന് കൊണ്ടുപോകണമെന്ന് മോഹമില്ല എന്തൊക്കെ ചെയ്താലും കുട്ടി അച്ഛനെ വിടില്ല അവസാനം അടിച്ചാലും ഇടിച്ചാലും കുത്തിയാലും കുട്ടിവിടില്ല കാരണം കുട്ടിക്ക് ആരുടെ കൂടെ പോണം അച്ഛൻ്റെ കൂടെ പോണം ഇതുപോലെ ഒരു ഭക്തൻ ഭഗവാനെ മുറുകെ പിടിച്ചാൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ അവനെ അടിച്ചാലും ഇടിച്ചാലും അവൻ ഭഗവാനെ മുറുകപ്പെടില്ല അത്ര മുറുകെ പിടിച്ചവരെ ഭഗവാനും കൈവിടില്ല അവരെയാണ് എന്നാ നമുക്ക് അച്ഛന്റെ കൂടെ പോകണം എന്നുണ്ട് പക്ഷെ വിളിക്കുമ്പോഴേക്കും പോയി കഴിഞ്ഞാലോ ആ ഭഗവാൻ പറയും നിന്റെ വാട്ടിലും വിൽക്ക് അതാണ് പലരുടെയും ഭക്തിക്ക് ദൃഢതയില്ല അവരെയാണ് പ്രഹ്ലാദൻ ദൃഢതയുള്ളൊരു ഭക്തിയുള്ള കുട്ടിയായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ മനസ്സിലായി ആത്മാവായത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പം തന്നെയാണ് ബന്ധുവായും സുഹൃത്തായും അച്ഛനായും അമ്മയായും കൂടെയുള്ളത് ആ ഭഗവാനെ പിടിച്ച പിടിയിൽ നിന്ന് വിടാൻ പുറം പിടുത്തം വിടാൻ കുട്ടി അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഭഗവാൻ അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചു ഈ കഥയാണ് പ്രഹ്ലാദന്റെ കഥ മൃഗസ്രോത്രയാണുഷോക്ത യോഗേശരേ സൗന്ദര്യകാത്മജേ ഖലു തേമത്രകർ നിസമേവ വിശ്വപുരുഷ ലഭ്യമാവല്ലധർമ്മോ േ്യതോനിഷ യോ ഗുണ ഇന്ദ്രുക്ത പാണ്ഡ്യകണ്ടാദിരാജ ക്താത്മാദ്രോ കൽസേവാദീരാുലോകൈവാഗസ്ത്യമാതിമം ഭാഗവതത്തിന് എട്ടാമത്തെ ദശകത്തിൽ ആരംഭിക്കുന്ന ജിതേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ലീലയോടുകൂടിയിട്ടാണ് ഇരുപത്തിയാറാം ദശം ആരംഭിക്കുന്നത് നമ്മൾ ശ്രീമത് ഭാഗവതത്തെയാണ് നാരായണീയത്തിലൂടെ കാണുന്നതെങ്കിലും പട്ടുതിരിപ്പാടിന് വാദരോഗത്തിന്റെ ക്ലേശമുണ്ടൊരു ഭാഗത്ത് അദ്ദേഹത്തിന് വാദരോഗത്തെ മാറിക്കിട്ടണം തന്റെ ശരീരത്തിലുള്ള വേദന മറക്കാനുള്ള എളുപ്പമായൊരു മാർഗ്ഗം വട്ടതിരിപ്പാട് കണ്ടെത്തിയത് ഭഗവാന്റെ കഥകളെ സ്മരിക്കുക ഭഗവാന്റെ കഥകൾ സ്മരിച്ചുകൊണ്ട് നാമങ്ങളെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ കൃതിച്ചുകൊണ്ട് തന്റെ ശ്രദ്ധ തന്റെ വാദരോഗത്തിൽ നിന്നും എതിരേക്ക് തിരിക്കണം ഭഗവാനിലേക്ക് തിരിക്കണം അങ്ങനെ മനസ്സ് ശരീരത്തെ മറക്കും തോറും അത് തന്നെ ഒരു മരുന്നായിത്തീരുന്നു വരിക നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു വിഷമത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ ആ വിഷമത്തിന് നമ്മുടെ ആ ബുദ്ധിമുട്ടിന് സത്യത്തു കൊടുക്കുക അതുണ്ട് എന്ന് ഉറപ്പിക്കുക എന്ത് നമ്മുടെ മനസ്സ് ഉണ്ട് എന്ന് ഉറപ്പിച്ചുവോ അത് പിന്നെ നമുക്ക് എളുപ്പം വിട്ടമാകാൻ സാധ്യത അപ്പൊ അതിനെ മറക്കാനുള്ളൊരു വഴി മനസ്സിനെ മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിക്കുക ഇവിടെ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ലീല അത് പട്ടതിരിപ്പാറിനെ സംബന്ധിച്ച് വളരെ അന്നത്തമാണ്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 ഇതുപോലെ നമ്മൾ ഓരോരുത്തരെയും ഒരു മുതല പിടിച്ചിട്ടുണ്ട് എന്നെയും പിടിച്ചിട്ടുണ്ട് മതല കൊണ്ടക്കിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർ ഇപ്പോൾ ഓരോരോ പിടുത്തമുണ്ട് പലയിടത്തും ചിലർക്ക് കുടുംബ പ്രശ്നങ്ങളായിരിക്കാം ചിലർക്ക് ശാരീരിക പ്രശ്നങ്ങളായിരിക്കാം ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം ചിലർക്ക് വേറെ ചില സാമൂഹിക പ്രശ്നങ്ങളായിരിക്കാം ചിലർക്ക് സ്നേഹ സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും മുതലുകളുടെ രൂപത്തിൽ ഓരോരുത്തരെയും പിടിക്കുന്നത് ആ മുതലയുടെ പിടിയിൽ നിന്ന് മുക്തമാവാനുള്ള വഴി നമ്മൾ സാധാരണ പ്രാർത്ഥിക്ക ദൈവത്തിനോട് അസുഖം മാറുന്നേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ അസുഖത്തിന് പ്രാധാന്യം കൊടുക്കുക നേരെ കുറച്ച് നമ്മുടെ ശ്രദ്ധ നമ്മൾ ഭഗവത് കാര്യങ്ങളിലേക്ക് തിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചു അസുഖത്തെ മറക്കും എത്ര കണ്ട് നമ്മൾ അതിനെ മറക്കുന്നു അത്ര കണ്ട് അതിന്റെ പ്രശ്നം നമ്മളെ അലട്ടാതിരിക്കും ഇതൊരു ഡൈവേർട്ടിംഗ് അറ്റൻഷനാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യാറുണ്ടത് അപ്പൊ നമ്മൾ കുട്ടികളിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാറുണ്ട് വീട്ടിലില്ലാത്ത സാധനത്തെക്കുറിച്ച് കുട്ടി പിടിവാശി പിടിച്ചു കഴിഞ്ഞാൽ സപ്പോസ് കുട്ടിക്ക് പലഹാരം വേണം ലഡു വേണം അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ലഡു കഴിഞ്ഞിരിക്കണം തലേ ദിവസം തലേദിവസം കുട്ടി കഴിച്ച ലഡുവിന്റെ ആ സ്മരണ കുട്ടിയുടെ ഉള്ളിൽ എനിക്ക് ലഡു വേണം എന്ന് പറഞ്ഞ കുട്ടി കരയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ലഡു ഇല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഞങ്ങൾ വേറെ വല്ലതും എടുത്തു കൊടുക്കും കുട്ടിക്ക് ഇപ്പൊ കുട്ടിക്ക് അതൊന്നും വേണ്ട ലഡ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും പക്ഷല്ലാത്ത അമ്മമാരാണെങ്കിൽ ഒന്ന് പഠിച്ചിട്ടുണ്ടാവും ഇത്തിരി ബുദ്ധിയുള്ള അമ്മമാരാണെങ്കിൽ കുട്ടിയെടുത്തു കൊണ്ടുപോയി ഏ അപ്പൂ നോക്ക് അടുത്ത വീട്ടിലേക്ക് നോക്കൂ കണ്ണാ നോക്കൂ അതാരാ ഈ അങ്കിൾ ആരാണ് ഈ ആണ്ടി ആരാണ് എന്നൊക്കെ പറഞ്ഞ കുട്ടിയുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യും അപ്പൊ കുട്ടി കുട്ടി ലഡു ആ ലഡു മറക്കുന്നതോടുകൂടിയിട്ട് അവര് ലഡുവിന്റെ പ്രശ്നങ്ങളില്ല മിസിലായി ഇതുപോലെ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ എളുപ്പമായ ഒന്നാണ് ഭഗവൽനാമ സങ്കീർത്തനങ്ങളും ഭഗവത് കഥകളും ഇവിടെ പറയാൻ പോകുന്ന കഥ ആരുടെയാണ് പണ്ട് പാണ്ഡ്യഖണ്ഡാതിരാജം പാണ്ഡ്യരാജം നമ്മുടെ സൌത്ത് ഇന്ത്യയിൽ നടന്നൊരു കഥയാണ് പാണ്ഡ്യവംശം ആ രാജ്യത്തൊരു രാജാവുണ്ടായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇന്ദ്രദ്യുക്ത ഇന്ദ്രദ്യുക്തനാണ് അന്ന് അദ്ദേഹം ഇന്ദ്രചിപ്തനായെന്ന സമയത്ത് ഒൽഭക്താത്മാ ഭഗവാന്റെ ഭക്തനായിരുന്നു ഭഗവാനെ ധാരാളം ഭജിച്ചിട്ടുണ്ട് അങ്ങനെയായിരിക്കൽ ചന്ദനദ്രോ തൊൽസേവാം അതേ ഒരിക്കൽ ഭഗവാനെ ഭജിക്കാനായി പോയിരുന്നു അവിടെ വച്ച് ഭഗവാനെ ഭജിക്കുന്നതിൽ മഗ്നതി ഭഗവാൻ ഭജനത്തിൽ മഗ്നനായപ്പോ ആദിത്യകാമം അഗസ്ത്യം ആലുലോകെ അവിടെ കടന്നു വന്നൂത്രേ ആര് അഗസ്ത്യമാഷി ആ അഗസ്ത്യമാഷിയെ വേണ്ടവിധത്തിൽ ആദരിക്കാൻ പാണ്ഡ്യവംശരാജാവായ ഇന്ദ്രദ്വുദ്ധന് സാധിച്ചില്ല പൂജയിൽ മഗ്നനായ പൂജയിൽ നിമഗ്നനായ പാണ്ഡ്യവംശരാജാവ് തന്നെ കാണാൻ വന്ന അഗസ്ത്യമാഷിയെ വേണ്ടവിധത്തിൽ ആദരിച്ചില്ല അതിന്റെ ദോഷം എന്താ പറ്റിയത് കുുംഭോദ് സമ്പ്രദക്രോധ ശബ്ദാത്മാം ഹസ്തിഗോയം വരെ സപ്വാതേരം പ്രത്ഹൽസോ വിദേ ഹസ്തീം വൃത്തം ദിവ്യ ചൈതന്യം ആ സമയത്ത് ക്രോധം വന്നു അവർക്ക് അഗസ്ത്യ മാഹിക്ക് ുംകോതി സമ്പ്രദക്രോധഭാര അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു എന്താ ദേഷ്യം വരാൻ കാരണം താൻ രാജാവിനെ കാണാൻ പോയിട്ട് ആ രാജാവ് വേണ്ട വിധത്തിൽ തന്നെ ആചരിക്കാത്തതിൽ തന്നെ റെസ്പെക്ട് ചെയ്യാത്തതിൽ തന്നെ കൺസിഡർ ചെയ്യാത്തതിൽ തന്നെ വേണ്ട വിധത്തിൽ പരിഗണിക്കാത്തതിൽ കോപം വന്ന് ആ മഹാത്മാവ് എന്ന് ഭവിക്കട്ടെ എന്ന് ശപിച്ചു കളഞ്ഞു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 ഒരു സേവകൻ എന്ന് പറയുന്ന അഗസ്ത്യ മഹർഷി ശപിക്കാൻ പാടു ഭഗവാന്റെ പൂജയിൽ വ്യാപൃതനാമാനല്ലേ ഇവരൊക്കെ പറഞ്ഞു തരേണ്ടത് അല്ലെ നിങ്ങൾ ഭഗവാനെ ഭജിക്കൂ എന്ന് പറയുന്ന ആളുകൾ തന്നെ ഭഗവാനെ ഭജിക്കുന്നവരെ ശപിക്കാൻ പാടുമോ ചെയ്തത് പറ്റല്ലേ അഗസ്ത്യ മഹർഷി ആണോ അല്ലെ അല്ലെ നമ്മുടെ ശപിച്ചു ഇതിനെയായിരുന്നു ശപിച്ചിരിക്കുന്നത് ഭഗവാന്റെ പൂജയിൽ വ്യാപൃതനായിരിക്കുന്ന ഒരാളെ ഒരു മഹാത്മാവ് ശപിക്കണോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആര് ചെയ്തതാ തെറ്റ് ഇന്ദ്രത്യപ്തനാകുന്ന രാജാവ് ചെയ്തതാണോ തെറ്റ് അതോ അഗസ്ത്യ മഹർഷി ചെയ്യുന്നതാണോ തെറ്റ് ശ്രീരാമസ്വാമി ബാലി ഒളിയം ഇത് വന്നു ചോദിച്ച പോലെയാണ് ബാലി ചെയ്തതാണോ തെറ്റ് ശ്രീരാമൻ ചെയ്തതാണോ തെറ്റ് ശ്രുതി പറ്റി ഇതുപോലെ ആര് ചെയ്താണ് തെറ്റ് രാജാവ് ചെയ്താണ് തെറ്റ് അത്ര കാരണം വളരെ ശ്രദ്ധിക്കണം നമ്മള് ഇത്തരം ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു പോകരുത് ചിന്തിച്ചു കൊണ്ട് പോകണം ഇവിടെ ഭഗവാനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം ഭഗവാനെ നമ്മള് സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ ഭഗവാനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ അവന് അമ്പലത്തിലൊരു വിഗ്രഹത്തെ പൂജിക്കല് മാത്രാണ് ഭഗവാൻ പൂജ അതൊരു തുടക്കം മാത്രമാണെന്നാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് തരം ഭക്തന്മാരെ പറയും ഏകാദശ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർപ്പറയും ഏതൊക്കെ ഭക്തന്മാരാണ് പ്രാകൃതഭക്തൻ മധ്യമഭക്തൻ ഉത്തമഭക്തൻ പ്രാകൃതഭക്തൻ എന്ന് പറയുന്നത് ഒരു വിഗ്രഹത്തെ മാത്രം ഈശ്വരനായി കണ്ട് പൂജിക്കുന്നവരെയാണത്രേ പ്രാകൃതഭക്തൻ അപ്പം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 തന്റെ ആത്മാവിലും ഭഗവാനെ കാണണം സർവരുടെയും ആത്മാവിൽ ഭഗവാനെ അപ്പൊ തന്നിലും മറ്റുള്ളവരിലും ഈശ്വരനെ കാണാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുന്നതാണത്രേ ഉത്തമവർ ഭാഗവതത്തിൽ ബുദ്ധവർക്ക് അവസാനം കൊടുക്കുമ്പോൾ ഭഗവാൻ ഉപദേശം കൊടുക്കുമ്പോൾ പറയും ബ്രാഹ്മണേ പുഷ്കസേസ്തേനേ ബ്രഹ്മണ്യർഗേ അക്രൂരേ ക്രൂരേ ചെയ സമതൃക്പണ്ഡിതോപത ബുദ്ധവരെ ഒരു മഹാനെ കാണുമ്പോൾ അങ്ങനെ ആദരവ് തോന്നില്ലേ ഒരു ബ്രാഹ്മണനെ കാണുമ്പോൾ ആദരവ് തോന്നില്ലേ അതേ ആദരവ് ഒരു ചണ്ടാളനെ കാണുമ്പോഴും ഒരു ദേശിയെ കാണുമ്പോഴും അങ്ങേക്ക് തോന്നുന്നുവെങ്കിൽ ഒരു കള്ളനെ കാണുമ്പോൾ തോന്നുന്നുവെങ്കിൽ അന്നങ്ങേക്ക് അങ്ങയിലും മറ്റുള്ളവരിലും ആരെ കാണാൻ സാധിക്കുന്നുണ്ട് ഭഗവാനെ കാണാൻ ഇത് ഗീതയിലും പറയും വിദ്യാവിനയ സംബന്നേ രാമണേ ഗസ്നീവശേ പണ്ഡിത സമദർശിന ആരാണ് പണ്ഡിതൻ എല്ലാവരിലും സമമായ ഈശ്വരനെ കാണാൻ സാധിക്കുന്നത് ഗീതയിൽ വീണ്ടും പറയും ആരാണത്രേ മഹാനായിരിക്കുന്ന ഭക്തൻ സുദുർലവനായിരിക്കുന്ന ഭക്തൻ ആ മഹാത്മാവ് സുദുർലഭനാണ് ആരാണങ്ങനെയുള്ളവര് വാസുദേവ സർവമിജീ സമഹാത്മാ സുദുർലഭ ഗീതയിൽ ഭഗവാൻ പറയുന്നത് വാസുദേവ സർവം എല്ലാവരിലും വാസുദേവന്റെ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 പിന്നെ രണ്ടാമത് നമുക്ക് സത്സംഗങ്ങൾ ക്ഷേത്രമാവണം ഒന്നാമത് നമുക്ക് ഓരോ ശരീരവും ഇതം ശരീരം കൗണ്ടേയ ക്ഷേത്രമിത്യവിധീയത അപ്പൊ നമ്മൾ ഇതൊക്കെ വളരെ അലേർട്ടായിട്ട് കൊണ്ടുനടക്കണം അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ ആ അതിഥിയെപ്പോലും നമുക്ക് ആരായി കാണാൻ സാധിക്കണം ഈശ്വരന്റെ ഒരു രൂപമായി പ്രതിരൂപമായി കാണാൻ നമ്മൾ സാധിക്കണം അപ്പൊ അവഗണിച്ചുകൊണ്ട് നമ്മൾ വിഗ്രഹത്തെ പൂജിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദന അത് നമുക്കൊരു എന്തായി മാറും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 ദുഗ്ധാ ബോധേ മദ്യവാദീ ത്രികൂടേ കീടൻ ശൈലേ യൂതപ്പോയം വശാമി സർവാദ്യന്തോലതി വ്യശക്യാൽവത്തോക്കാഭ അങ്ങനെ ദുഗ്ധാമ്പോതി മധ്യവാദി ത്രികൂടെ പാലാഴിയുടെ നടുഭാഗത്തുള്ള ത്രികൂട പർവ്വതത്തിൽ അവിടെ പിടിയാനകളോടുകൂടിയിട്ട് പശാതി ക്രീഡൻ അയം യൂതപ മറ്റുള്ള ആനകളുടെ കൂടെ രമിച്ചുകൊണ്ട് ഈ ഗജരാജൻ ശക്ത്യാ സർവാൻ ജിന്ദൂനധിപ്രത്യഷ്ഠ തന്റെ ശക്തി കൊണ്ട് തന്റെ കഴിവുകൊണ്ട് എല്ലാ ആനകളെയും തന്റെ നിയന്ത്രണത്തിലാക്കാൻ ആർക്ക് സാധിച്ചു ഗജേന്ദ്രൻ സാധിച്ചു പട്ടിതിരിപ്പാട് പറയാണ് സ്വൽഭക്താനാം പുത്ര ഉത്കർഷലാ അവിടുത്തെ ഭക്തന്മാരെങ്ങനെയാണ് താഴ് ഇപ്പൊ മനുഷ്യജന്മത്തിലുണ്ടായിരുന്ന ഭക്തിയുടെ മഹിമ ഗജേന്ദ്രൻ എവിടെയും കിട്ടണോ ആനയുടെ രാജാവിന് ആനയുടെ രൂപത്തിലും കിട്ടണോ പറയണം ഭക്തന്മാരൊരിടത്തും താഴില്ല ഭഗവാനെ ഈവൺ അവർ ആനയിലും പട്ടിയാലും പൂച്ചയാലും അതിനൊരു കേവത്വം കാണിക്കും ഭക്തന്മാരെന്നാണ് അവർക്കൊരിക്കലും താഴ്ചയില്ല എന്ന് പറയുന്നത് അപ്രകാരം അദ്ദേഹം ഒരു ഗജേന്ദ്രനായി തീർന്ന് കൂടെ കീടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി എന്നിട്ടോ ശേന സ്ം ദശത്തോയ തികേദ പ്രജാന ക ശൈലപ്രാതേ ഗർമ്മദാന് സരസ്യയാൂതേ സാർദം ത് പ്രണുന്തോ വിരേ പ്രകാരം ആ ഗജേന്ദ്രൻ സ്വബലത്താൽ സ്വേനസ്തേന ദിവ്യദേശത്വ ശക്തി ആ ദിവ്യമായ പ്രദേശത്തിന്റെ പ്രഭാവങ്ങളെ കൊണ്ടൊന്നും പ്രഭാവങ്ങളെ കൊണ്ട് ഏതാനപ്രജാനം വലിയ ദുഃഖങ്ങളൊന്നും ഉണ്ടായില്ല കഴിക്കാൻ വേണ്ടത്ര ആഹാരാദികളുണ്ട് കുടിക്കാൻ വെള്ളമുണ്ട് ഒരു തരത്തിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ അവിടെ നിന്ന് ശൈലപ്രാന്തേ സരസ്യാന്തൽപ്പെടുന്ന കഥാചിൽ ഗർഭദാന്ത ഭയങ്കര ചൂടുകൊണ്ട് കോരമായ ചൂടുകൊണ്ട് തടാകങ്ങളൊക്കെ വറ്റി അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണങ്ങി മറ്റേ മുളകളൊക്കെ ഉണങ്ങിപ്പോയി അവിടെ നിന്ന് അവർ സരസ്യം തട്ട എവിടെയെങ്കിലും കുറച്ച് വെള്ളം കിട്ടണമെന്ന് കരുതി തടാകമന്വേഷിച്ചുകൊണ്ട് യൂതേശാർഥം അവര് അവിടെ നിന്ന് പോവാൻ തുടങ്ങിപ്പോയി ഒരു തടാകത്തിലെത്തിച്ചേർന്നു ആ തടാകത്തിലാണെങ്കിലോ ജലേ വർത്തമാന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 ഒരു തീവ്രമായൊരു മോഹം അവരെ വെള്ളത്തിൽ ഇറക്കി കുറെ വെള്ളമൊക്കെ പൊടിച്ച് അങ്ങനെ അതിലങ്ങനെ പൂർണമായി ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ യതേന്ദ്രൻ പറഞ്ഞു ഇനി എല്ലാവരും കയറിക്കൊള്ളൂ ഓരോ മനകളോട് കയറാൻ പറഞ്ഞു കുട്ടിയാനങ്ങൾ കയറി പ്രച്ചൂടി വലിയവര് കയറി സീനിയർ മോസ്റ്റ് ആൾക്കാർ കയറി അവസാനം കയറി തന്റെ വൈഫും കയറി അവരെല്ലാം കയറി കരിയില്ല യതേന്ദ്രൻ കയറാൻ നോക്കുന്ന സമയത്ത് കാലിലാരോ പിടികൂടി ഇതേതും നോക്കുന്ന സമയത്ത് ഒരു മുതലയാണ് ആരാണത്രേ മുതല ഹൂഹു എന്ന പേര് നല്ല പേര് തന്നെ ഹൂഹു എവിടുന്നാണ് ഈ ഹൂഹു വന്നിരിക്കുന്നത് ആരാണീ ഹൂഹു ദേവലസ്യ ശാപാൽ ഗ്രാഹീഭൂതത്തെലേ പണ്ട് ദേവലൻ എന്ന് പറയുന്ന ഒരു മഹർഷിയെ അപമാനിച്ചതിന് ഒരു ഗന്ധർവന് കിട്ടിയ ശാപമാണ് നീ മുതലയായി തീരട്ടേത് അപ്പൊ ഹൂഹു എന്ന പേരില് ഒരു മുതല ഒരു ഗന്ധർവൻ അവിടെ മുതലയുടെ രൂപത്തിൽ കടക്കുന്നതായിരുന്നു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 ദുഃഖങ്ങളൊക്കെ ഭഗവാന്റെ ഒരു ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയൊക്കെ നമുക്ക് കാണും എന്നാലൊരു സാധാരണ ഭക്തൻ തന്റെ ദുഃഖങ്ങളെയൊക്കെ കാണുന്നത് ഈശ്വരന്റെ ശാപങ്ങളായിട്ട് കാണും അതുകൊണ്ടാണ് അവര് വലിയ ഭാരമായിട്ട് കാണുന്ന ദുഃഖങ്ങളൊക്കെ ഒരിക്കലും ഒരു മാനേജ്മെന്റ് ക്ലാസ് നടക്കുകയാണ് കോളേജില് എം കുട്ടികൾക്ക് ക്ലാസ് നടക്കുക ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുന്ന പ്രൊഫസർ വലിയൊരു വൈറ്റ് പേപ്പർ കൊണ്ടുവന്നു ക്ലാസ്സിൽ എന്നിട്ട് ബ്ലാക്ക്ബോർഡിൽ അത് ഒപ്പിച്ചു വെച്ചു എന്നിട്ട് തന്റെ കറുത്ത ഡോട്ടിന്റെ കൊണ്ട് ഒരു ഡോട്ട് നേട്ടു എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ എന്താ കാണുന്നത് തീർച്ചയായിട്ടും കുട്ടികൾ എന്താ ഉത്തരം പറയാം ഒരു കറുത്ത ഡോട്ട് കാണുന്നു എല്ലാവരോടും ചോദിച്ചു വട്ട് ആർ യു സീൻ എല്ലാവരും പറഞ്ഞു ആർ സീൻ എറ്റ് ബ്ലാക്ക് ഡോട്ട് എല്ലാവർക്കും ഇത്തരം ഒരുപാട് അധ്യാപകൻ ചോദിച്ചു ആർ യു സീൻ ദാറ്റ് അലോൺ ഒരു നത്തി എൽ ഓൺലി വൈറ്റ് ഡോട്ട് വി ക്യാൻ സീൻ ഇപ്പൊ പ്രൊഫസർ പറയാണ് വേറെന്തെങ്കിലും കാണാനുണ്ടോ വെറും ബ്ലാക്ക് ഡോട്ട് മാത്രമേ ഉള്ളൂ അതിനേക്കാളും വലിയൊരു ഒരു വൈറ്റ് ഷീറ്റ് ഉണ്ട് അത് ആരും കാണുന്നില്ല അത് പറയാം അപ്പൊ നമ്മള് ജീവിതത്തിലെങ്ങനെയാണ് ജീവിതത്തിന്റെ ചെറിയ ദുഃഖങ്ങളെയാണ് നമ്മൾ കാണുന്നുള്ളൂ അതിന് പിന്നിലുള്ള വലിയൊരു അനുഗ്രഹത്തെ ആരും കാണുന്നില്ല എന്ന് പറയാം നമ്മൾ ഉയർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു വലിയൊരു അനുഗ്രഹം പിന്നിൽ വെച്ചിട്ടുണ്ട് അത് കാണാൻ സാധിക്കാത്തവനെ സംബന്ധിച്ച് ഈ ബ്ലാക്ക് ഡോട്ടുകൾ മാത്രമേ അവർ കാണുകയുള്ളൂ അത് പലരുടെയും ജീവിതത്തിൽ അങ്ങനെ സ്റ്റക്കാവുന്നതാണ് നിങ്ങൾ ഗംഗോത്രിയിലൊക്കെ ഒന്ന് പോയി നോക്കൂ ബഹുരസമാണ് ഗംഗ അവിടുന്ന് ഇങ്ങനെ കുത്തി ഒഴുകുന്ന സമയത്ത് എത്ര ആഴത്തിലാണത് ഒഴുകുന്നത് വലിയ പാറകളൊക്കെ ഉണ്ടല്ലോ ആ ഗംഗയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും ഗംഗക്ക് ഒരു ഗംഗ പാറയോട് പറയും നിനക്ക് ഇത്രേ തടയാൻ പറ്റുള്ളൂതുണ്ടല്ലോ അതിനപ്പുറത്തും ഒരു വഴിയുണ്ടെനിക്ക് നീ എവിടെ തടഞ്ഞോളൂ എനിക്ക് വിരോധമില്ല ഞാൻ നിന്നോട് ഏറ്റുമുട്ടാനൊന്നും വരുന്നില്ല പക്ഷെ എനിക്കറിയാം എന്റെ പാറയുടെ സൈസിനൊക്കെ ഒരു ഒരു പ്രത്യേക ദൂരം വരെ പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ അവിടെയും ഒരു എനിക്ക് കടന്നുപോകാനൊരു വഴിയുണ്ട് ഇത് പലരും കാണുന്നില്ല ഒരു ജീവിതത്തിൽ ആ ബ്ലോക്ക് മാത്രമേ കാണുള്ളൂ ആ ബ്ലോക്കിനെ തരണം ചെയ്യാൻ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും ചിലടത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗംഗോത്രിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ അത് രസമാണ്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 സരസ്വതി നദിയിലെ ഇവിടെയൊക്കെ പോകുമ്പോഴും അത്ഭുതം തോന്നും എത്ര വലിയ പാറകളെയാണ് ഇവൻ പൊരന്ന് വെള്ളം അപ്പുറത്ത് കടന്നിരിക്കുന്നത് അത്ര മനോഹരണത് അപ്പോ എല്ലാറ്റിനും നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനൊരു വഴിയുണ്ട് അപ്പുറത്തുമുണ്ട് എന്നുള്ളൊരു ബോധമുണ്ടെങ്കിലേ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല പലരും ഈ ബ്ലോക്കിൽപ്പെട്ട് അവിടെ കുരുങ്ങി നിൽക്കും അവരുടെ വിചാരം ശാപമാണ് ജീവിതം ദുഃഖമാണ് ജീവിതം പ്രയാസമാണ് ജീവിതം എന്നാൽ ഇവിടെ ഭഗവാനാണെങ്കിലോ പരീക്ഷിക്കാൻ വേണ്ടി ജതേന്ദ്രനെ ഒരു മുതലേക്കൊണ്ട് പിടിപ്പിച്ചു ഇതിലോ ഒൽസേവായാ വൈദവാദുർനിരോധം യുദ്യന്തം തം വൽസരാണ സഹസ്രം പ്രാപ്തേ കാലേ തത്പദേകാഗ്രസിദ്ധി നക്കം ഹസ് പൈം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 ആത്മാത്മകേ ഹജനം ജനേഷു വിത്തേ ആസക്ത ഞാൻ ഭാര്യ മക്കൾ കുടുംബം വീട് സമ്പത്ത് ഇതിനൊക്കെ ആസക്തനായിക്കൊണ്ട് ഞാൻ വിചാരിച്ചു ഇവർക്കെല്ലാം എന്നെ രക്ഷിക്കാൻ സാധിക്കുന്നു എന്നാൽ ഇന്നെനിക്ക് മനസ്സിലായി ദുഷ്ടാപണായ ഗുണസംഘ വിവർദ്ധിതായ ഇനിയൊന്നും ഇവർക്ക് രക്ഷിക്കാൻ സാധ്യല്ല എന്ന് മനസ്സിലാക്കി ഇനി ആർക്കിനെ രക്ഷിക്കാൻ സാധിക്കും മുക്താത്മവിസ്വകൃതയെ പരിഭാവിതായ ഞാനാത്മനെ ഭഗവതേ നമീശ്വരായ ഇതിൽ നിന്നും ഇനി എന്നെ രക്ഷിക്കാൻ സാധ്യല്ല ഇനി സാധിക്കണമെങ്കിൽ എന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്ന ഭഗവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായത് അവിടുന്ന് സ്തുതിക്കുകയാണ് ഭഗവാനെ എങ്ങനെ സ്തുതിക്കുന്നത് ആർത്തിനജ്ഞാനഭക്തി പൂർവാദ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം ശ്രോത്രശ്രേഷ്ഠം സ്വന്മഗാദിപ്പരാത്മൻ അങ്ങനെ ആർത്തിവ്യക്തപ്രാപ്തന ജ്ഞാന ഭക്തി പണ്ട് ദുഃഖം തന്റെ മനസ്സിലുള്ള ദുഃഖാരിക്കത്താൽ കാലിലുള്ള വേദന കൊണ്ടും മറ്റും ഭഗവാനെ അവിടെ നിന്ന് എല്ലാ അജ്ഞാനവും നീങ്ങിക്കൊണ്ട് ഉള്ളിൽ തന്നെ ഭഗവാനെ കണ്ടുകൊണ്ട് പുണ്ടരീകൈ സമർച്ചൻ ചുണ്ടോക്ഷിട്ടൈ തന്റെ തുമ്പിക്കൈ കൊണ്ട് താമരപ്പൂ പറച്ചെടുത്ത് ആ താമരപ്പൂ മുകളിലേക്ക് എതിരുന്നുകൊണ്ട് അതാ അവിടെ നിന്ന് ഭഗവാനെ അർപ്പിക്കാൻ തുടങ്ങി നിർവിശേഷാത്മനിഷ്ഠം സ്വോത്രശ്രേഷ്ഠം തന്റെ ആത്മാവായി തന്നെ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് തന്റെ ആത്മസ്വരൂപനായ ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ താമരപ്പൂ പ്രസരത്ത് അർച്ചന ചെയ്തുതാണ് എന്നിട്ടോ ശുത്വശ്രോത്രം നിർഗുണസ്ഥം സമസ്തം രമേശാദ്യേനാഹമിത്യപ്രയാദി സർവാത്മത്വം ഭൂരികാരുണ്യവേകാൽ കാക്ഷ്യാരോടപ്രേക്ഷിതോ ഗോപുരസ്ഥാൽ ഇങ്ങനെ നിർഗുണസ്ഥമായിരിക്കുന്ന ഒരു പ്രത്യേക രൂപത്തെ അല്ല ഇവിടെ ഗതീന്ദ്രൻ സ്തുതിക്കുന്നത് തന്റെ തന്നെ ആത്മാവായിരിക്കുന്ന ഭഗവാനെ സ്തുതിച്ചപ്പോൾ ബ്രഹ്മാതിദേവന്മാരെ മനസ്സിലാക്കി ഞങ്ങളെയല്ല ഞങ്ങളെയല്ല ബ്രഹ്മേശാതി അഹണ്ണ അഹന്ന ഞങ്ങളെയല്ല ഞങ്ങളല്ല അപ്പോൾ പിന്നെ ആരോരും ഭൂരികാരുണ്യവേകൾ ആത്മസ്വരൂപനായ ഗുരുവായൂരിപ്പൻ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് അവിടെ നിന്ന് താക്ഷ്യാരൂപ പുരസ്ഥാൾ ഗരുഡാരൂഢനായിക്കൊണ്ട് അവന്റെ മുന്നിൽ പ്രകടമായാണ് ഇതിൽ അസ്തീന്ദ്രം ഹസ്തമത്നേന ധൃത്ത ചക്രേത്തം നക്രവര്യം വ്യായീ ഗന്ധർവേസ്മുക്തശാശഹസ്തീ വൽസാരൂപ്യം പ്രാപ്യവീദീപ്യത്തെ സ്മ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 അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ആരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ ആരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ ഇപ്രകാരം ഉച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ കയ്യിലേക്ക് താമരപ്പ് കൊടുക്കുന്നതും ഭഗവാൻ തുമ്പിക്കയിൽ പിടിച്ച് ഉയർത്തിയതും ഇപ്രകാരം ഏതൽ വൃത്തം മാം ചായ സോയം ബോയ്യാൽ സാർദം ഗദസ്തം ഏതദ്വൃത്തം ആരാണോ ഈ ഉപാഖ്യാനത്തെ മാം ത്വാം എന്നെയും നിന്നെയും രാഗേ ഗായേൽ രാവിലെ ആരാണോ സ്മരിക്കുന്നത് ശ്രുതിക്കുന്നത് അവനെ ശ്രേയസേസിയാൽ ശ്രേയസ് കൈവരും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഗജേന്ദ്രനെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ പോയി ഇപ്രകാരം ആ ഗജേന്ദ്രനെ മുതലയുടെ പിടിയിൽ നിന്ന് മുക്തമാക്കി ഗുരുവായൂരപ്പ എന്നെയും അതുപോലെ തന്നെ എല്ലാ രോഗത്തിൽ നിന്നും മുക്തമാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണ്യം വിഷ്ണോ പാഹിവാദാലേച അങ്ങേ ഞാൻ ശരണം പ്രാപിക്കുന്നു ഇവിടത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ പറയുന്നില്ല എന്നെ വാദരോഗത്തിൽ നിന്ന് മുക്തമാക്കണമെന്ന് ഇതിനെ നോക്കു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം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 അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും ശക്തിയുള്ള മൃഗമാണ് ആന പക്ഷെ അതിന്റെ ഒരു ദൌർബല്യം എന്താന്ന് വെച്ചാൽ സ്വന്തം ശക്തിയെക്കുറിച്ച് അതിന് അറിയില്ല ആനയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ കൊണ്ടു നടക്കുന്നത് നമ്മുടെ ദൈവങ്ങളെയൊക്കെ എഴുന്നള്ളിക്കുന്ന ആനപ്പുറത്തല്ലേ ഏതെങ്കിലും പറയോ അയ്യപ്പ സ്വാമിയെ പുലിയുടെ പുറത്തന്നെ എഴുന്നള്ളിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടമെന്ന് പറയോ പുലിപ്പുറത്ത് അയ്യപ്പസ്വാമിയെ എഴുതള്ളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധാളുകളൊന്നും ആവണിക്കുമ്പോൾ ഉണ്ടാവില്ല അതുപോലെ ദുർഗാദേവി എഴുതള്ളിക്കുകയാണെങ്കിൽ ആന്റെ പുറത്ത് എഴുന്നള്ളിക്കണം സിംഹത്തിന്റെ പുറത്ത് കണക്ക ഇലിയും അതുപോലെ പരമശിവനെ കാളപ്പുറത്തെഴുതള്ളിക്കണം മിക്കവാറും അമ്പലത്തിൽ ആരും ഉണ്ടാവില്ല നിന്ന് ഇന്ത്യനെ ഇവരുടെ പുറത്തൊന്നും എഴുതള്ളിക്കാറ് കാരണം അവരൊക്കെ അപകടമാണ് തായ്ലന്റിലൊരു ക്ഷേത്രമുണ്ട് നമ്മുടെ ഈ ബുദ്ധ സന്യാസിമാര് പുലികളുടെ കൂടെ നടക്കുകയും ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമുണ്ടെന്നും തായ്ലന്റിൽ പക്ഷെ നമ്മളെ ഇന്ത്യയിൽ നിന്നും ഇവിടെപോലെ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ആനയെക്കൊണ്ട് എഴുന്നള്ളിക്കാൻ സാധിക്കുന്നത് ആനയ്ക്ക് ശക്തിയുണ്ടെങ്കിലും ആനയ്ക്ക് തന്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മയില്ല ബുദ്ധിയില്ലാന്ന് പറയാം അറിവില്ല എന്ന് പറയാം ഇതുപോലെയാണ്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 ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് അങ്ങനെയെന്ന് എന്നെ തളർത്താൻ സാധ്യത സമ്പത്തിൽ ഒരു ശക്തി കാണും മൂന്നാമത്തെ ശക്തി ബന്ധുക്കളിൽ കാണും നീ നമ്മളിത്ര വീക്കാര്യം കുഴപ്പമില്ല നമ്മളെ കൂടെ ഉള്ളവർ സ്ട്രോങ് ആയാലും അതുകൊണ്ടാണ് വളരുന്നോട് നമ്മൾ പ്രായം വരുന്നോടും കുട്ടികളോട് ചോദിക്കുന്നത് നമ്മൾ കുട്ടികളെ കൂടുതൽ സ്നേഹിക്കുന്നത് കാരണം നമുക്കൊരു ഉറപ്പ് വേണം അവര് അവരെന്ത് തെറ്റിയതല്ലെങ്കിൽ കുഴപ്പമില്ല സാരമില്ല സാരമൊന്നുമില്ല അതെല്ലാവർക്കും സംഭവിക്കുന്നത് കാരണം അവരോട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശക്തി പോവേ അപ്പൊ നമുക്ക് അവർക്ക് സപ്പോർട്ട് വേണം അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ ഒന്നുകിൽ ബന്ധുക്കളിൽ ശക്തി കാണും അല്ലെങ്കിൽ സമ്പത്തിൽ ശക്തി കാണും അല്ലെങ്കിൽ ശരീരത്തിൽ ശക്തി കാണും ശരീരം വീക്കായാൽ പിന്നെ മറ്റുള്ളവരുടെ കൂടെ പോകാൻ തുടങ്ങും അതുകൊണ്ടാണ് പ്രായം കൂടുന്തോറും നമുക്ക് മറ്റുള്ളവരുടെ കൂടെ പോകേണ്ടത് വരുന്നത് അതും പ്രായം കൂടുന്നോറും പ്രായമുള്ളവരുടെ കൂടെ പോയില്ല പ്രായം കൂടുന്തോറും പോകുന്നത് പ്രായം കുറഞ്ഞു വിട്ട് കൂടിയേ പോവുക കാരണം നമുക്കറിയാം പ്രായമുള്ളവരെ പിടിച്ചിട്ട് കാര്യമില്ലേ നിന്ന് പ്രായമില്ലാത്തവരെ പിടിച്ചാലേ കാര്യമില്ല അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ മനുഷ്യന്റെ അവസ്ഥ ഈ ശക്തികളാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മളൊന്ന് വിവേകത്തോടുകൂടി അറിയൂ ശരീരത്തിന് ആരാ ശക്തി കൊടുക്കുന്നത് ബന്ധുമിത്രങ്ങൾക്ക് എവിടുന്നാ ശക്തി കിട്ടുന്നത് ഇതിന്റെ കുറവിടത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാം മറ്റൊരാളെ ആശ്രയിക്കാൻ കാരണം അയാളിലും ഒരു ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ട് ശാരീരികമായി നിങ്ങൾ എത്ര ശക്തരാണെങ്കിലും ഈശ്വര ചൈതന്യമില്ലെങ്കിൽ ഒരാൾക്കും ശക്തി കണ്ടെത്താൻ സാധ്യം ശക്തിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെയായിരിക്കണം നമ്മളിലിരിക്കുന്ന ചൈതന്യം തന്നെ പക്ഷേ മനസ്സ് കുറെ കാലം സ്ഥൂലമായ ശരീരത്തെയും ബന്ധുക്കളെയും അതിനെ ആശ്രയിച്ചാശ്രയിച്ച് സൂക്ഷ്മമായതിനെ ഗ്രഹിക്കാൻ മനസ്സിന് സാധിക്കാത്തടത്തോളം കാലം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 നിങ്ങൾക്ക് കോൺഫിഡൻസ് പോവില്ല ആത്മവിശ്വാസം പോവില്ല ഇതുപോലെ നമുക്ക് നമ്മളിലൊരു ആത്മവിശ്വാസം വരാനുണ്ട് എന്റെ ഉള്ളിൽ ഈശ്വര ചൈതന്യം കാലം ഭഗവത് സാന്നിധ്യം ഉള്ളിടത്തോളം കാലം എന്നെ തളർത്താനൊന്നിനും സാധ്യമല്ല എന്നൊരു കോൺഫിഡൻസ് നമുക്ക് വരണമെങ്കിൽ നാം അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടും അതിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുക അറിവ് ഇപ്പോ നമ്മൾ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 ചട്ടുരുൺമീലിതം ഗേന തസ്മൈ ശ്രീ അജ്ഞാനമാകുന്ന തിമിരത്തെ മാറ്റി ജ്ഞാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഏത് എല്ലാ ശക്തിയുടെയും ഉറവിടം എന്നിൽ ഈശ്വരന്റെ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അന്ന് നമ്മൾ മുക്തരായി എന്ന് പറയുക പക്ഷേ അതിലേക്ക് മനസ്സിനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ മനസ്സ് മറ്റുള്ള ചിന്തകളിൽ നിന്നും ആരെ സ്തുതിക്കാൻ തുടരണം ഭഗവാനെ സ്തുതിക്കാൻ അങ്ങനെ സ്തുതിച്ച് സ്തുതിച്ച് സ്തുതിച്ച് താമരയെപ്പോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഇവിടെ ഗജേന്ദ്രൻ ഭഗവാന് ഓഫർ ചെയ്യുന്ന സാധനം താമരപ്പൂ എന്താ ഭഗവാന് താമരപ്പൂവിനോട് ഇഷ്ടം വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ടാണോ അല്ല പിന്നെന്താ ഭഗവാന് താമരപ്പൂ ഇഷ്ടപ്പെടാൻ കാരണം താമരപ്പൂവിന്റെ പ്രത്യേകത അത് വെള്ളത്തിൽ ഇരിക്കുമ്പോഴും വെള്ളം അതിൽ നിൽക്കുമ്പോഴും വെള്ളം ഒത്തിപ്പിടിക്കുന്നത് സമ്മതി ഇതുപോലെ നമ്മൾ കുടുംബജീവിതത്തിൽ ജീവിക്കുമ്പോൾ അത് നമ്മളെ ഒത്തിപ്പിടിക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ ചിന്തയിൽ നമ്മൾ ജീവിക്കാൻ മനസ്സിനെ അനുവദിക്കും നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത അത് ചിന്തകളാണല്ലോ മനസ്സ് അത് ഏതിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതിൽ തന്നെ മനസ്സ് ഒട്ടിനിൽക്കും നിങ്ങൾ ഒരേ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഉറപ്പിച്ചിട്ടാണ് ഒരു കാര്യത്തിന് സത്യത്വം കൊടുക്കുന്നത് അപ്പം നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും ഇതൊക്കെ നമുക്ക് അടുപ്പമുള്ളവരായിത്തീരുന്ന നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ദിവസവും ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കുറെ കഴിഞ്ഞാൽ ആളോട് ബന്ധുത്വം വരും നിങ്ങൾക്ക് ക്ലോസ്നസ് വരും നേരെ മറിച്ച് നിങ്ങളുണ്ടല്ലോ അടുത്ത ആളാണെങ്കിൽ പോലും തീരെ സംസാരിക്കാതിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിലും അവരോട് അകൽച്ച വരും ഉണ്ടോ ഇല്ല അപ്പൊ നമ്മുടെ മനസ്സാണ് അടുപ്പവും അകൽച്ചയും സൃഷ്ടിക്കുന്നത് ഇന്ന് നമ്മൾ ഭഗവാനെ അടുത്തിട്ടില്ലെങ്കിൽ ോട് കൂടുതൽ അടുക്കുന്ന വിധത്തിൽ നമ്മൾ സമയം ചിലവഴിച്ചിട്ടില്ല ദിവസവും നമ്മൾ കുറച്ചുനേരം ഭഗവത് കാര്യത്തെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഭഗവാനോടൊരു അടുപ്പം വരും നേരെ കുറച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഒരു സമയത്താണ് ഭഗവാനെ ഭജിക്കുന്നതെങ്കിൽ ഇന്നത്തെ കുട്ടികളുടെയൊക്കെ ജീവിതം അങ്ങനെയാണോ ആഴ്ചയിലൊരിക്കലാണ് അവർക്ക് ഭഗവാനുള്ളത് അതുവരെ ഒരു സോഫ്റ്റ്വെയറും അത് കഴിഞ്ഞാൽ ആഴ്ചയിലൊരിക്കൽ എല്ലാ വയറിനും വീക്കാകുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈശ്വരൻ എന്നുള്ളൊരു വയറും കൂടി ഉണ്ട് അപ്പോഴേ അവർ ഈശ്വരനെ ചിന്തിക്കില്ല അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലും ഈശ്വരനെ ചിന്തിക്കുന്നതുകൊണ്ട് അവർക്ക് ഈശ്വരനോട് അടുപ്പം തോന്നുന്നില്ല ഒരു വിഷമം വന്നാൽ അവർക്ക് അതിനെ നേരിടാൻ പറ്റുന്നില്ല നോക്കൂ നമ്മൾ ഇന്നത്തെ തലമുറയെ കുറിച്ചാണ് പറയുന്നില്ല അല്ലേ ചിന്തിക്കുന്ന അപ്പോ ദിവസവും നമ്മൾ ഈ ഫ് കീപ്പ് അപ്പോയിന്റ്മെന്റ് ഡെയിലി നമ്മൾ ഡെയിലി അപ്പോയിന്റ്മെന്റ് വെക്കുകയാണെങ്കിലോ വളരെ ഒരു ക്ലോസ്നസ് ഉണ്ടാവും ഒരു പ്രോക്സിമിറ്റി ഉണ്ടാവും അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ചു നേരം ദിവസവും ഭഗവാനോട് അടുക്കും തോറും ഭഗവാനാകുന്ന ബന്ധുത്വം കൂടും അപ്പം നമ്മുടെ മനസ്സ് നമ്മളോട് പറയും കൂടെ എപ്പോഴും ആരുണ്ട് ഭഗവാനുണ്ട് ഇന്ന് നമ്മൾ മറ്റുള്ളവരെ ചിന്തിച്ച് അവരുണ്ട് എന്ന് ഉറപ്പിച്ചതുപോലെ ഇനി മനസ്സിനെ ഉറപ്പിക്കണം അവരല്ല ഉള്ളത് ഭഗവാനാണുള്ളത് ഭഗവാനോട് അപ്പം നമുക്ക് മനസ്സിന് കുറെ ശക്തി കിട്ടും മനസ്സിലായി ശാരീരികമായ ശക്തിയേക്കാൾ വലുതാണ് മാനസികമായ ശക്തി അത് പലരും തിരിച്ചറിയുന്നില്ല മാനസികമായ ശക്തി കിട്ടണമെങ്കിൽ അത് ചിന്തകളിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ ചിന്തകളാണ് ശക്തി തരുന്നത് ഏത് ചിന്ത ഏത് ചിന്ത തരും കൂടെ ഭഗവാനുണ്ട് എന്ന ഒരു ആ ബോധം നമുക്ക് അതുകൊണ്ടാണ് പട്ടത്തിരിപ്പാട് തുടങ്ങിയത് സാന്ദ്രാനന്ദബോധം ഒക്കെ വാക്കുപയോഗിച്ചത് നിറഞ്ഞിരിക്കുന്ന ആനന്ദമായിരിക്കുന്ന ഒരു ബോധവസ്തു ചൈതന്യ വസ്തു കൂടെയുണ്ട് എന്ന ബോധം അത് നമുക്ക് ശക്തി തരും ഇപ്രകാരം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 കൂടുതൽ കൂടുതൽ ആരോടെടുക്കും ഭഗവാനോട് അപ്പൊ നമ്മൾ കരകയറി എന്ന് പറയാം അതിനെ നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം ഒരു കാമരപ്പൂ പോലെ ജീവിക്കണം കാമരപ്പൂവിന്റെ പ്രത്യേകത വെള്ളം നിന്നാലും വെള്ളം ഒട്ടിപ്പിടിക്കാൻ അതില്ല ഇനി മറ്റൊരു പ്രത്യേകത അത് സൂര്യനെ നോക്കിക്കൊണ്ട് വിടരുന്ന് ഇതുപോലെ നമ്മുടെ ഉള്ളിൽ മനസ്സ് ബന്ധുമിത്രാദികളുടെ കൂടെ ഇരിക്കുമ്പോഴും അത് വിടരേണ്ടതും വികസിക്കേണ്ടതും ആരെ നോക്കിക്കൊണ്ടുവേണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് സൂര്യം സൂര്യപ്രകാശത്തെ നോക്കിക്കൊണ്ടുവേണം മനസ്സിലാവുന്നുണ്ടല്ലോ ഈ രീതിയിൽ നമ്മൾ കാണുമ്പോൾ വിജേന്ദ്രന്റെ കഥ ആരുടെ കഥയാണ് നമ്മുടെ കഥയാണ് നമ്മളാണ് മാറേണ്ടത് ഇപ്രകാരം ഈ കഥ പറഞ്ഞ വസാണ് ഇനി അടുത്തതാണ് പാലാഴി മഥനം ഭഗവാന്റെ കൂർമാവതാരം തുടങ്ങിയിട്ടുള്ള ലീഡങ്ങൾ പറയുന്നത് ദുർവാസാസരമാലയം ചക്രായ സ്വയമുപദായ ഭൂയ നാഗേന്ദ്രതിമൃദേശാപചക്രംതി ദുർവാസ സ്വയപരിതാ ദിവ്യമാന ഇത് പട്ടതിരിപ്പാട് ഭാഗവതത്തിന് ഇത്തിരി വ്യത്യസ്തമായിട്ടാണ് പറയുന്നത് പണ്ട് ദുർവാസ മാഷി വൈകുണ്ഠത്തിൽ ചെന്നു ഭഗവാൻ തന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന പാരിജാതപ്പൂ മാല ദുർവാസാമന് കൊടുത്തു എന്നാണ് പക്ഷെ ഇവിടെ പട്ടതിരിപ്പാട് പറയുന്നത് സ്വരവനിത ദേവസ്ത്രീകള് അപ്സരസ്സുകള് ഒരു മാല കെട്ടി എന്നാണ് പാരിജാതപ്പൂവിന്റെ മാല അതാർക്ക് കൊടുത്തു ദുർവാസമാഷിക്ക് കൊടുത്തു അദ്ദേഹം ആ മാല കഴുത്തിലിട്ടപ്പോ ആ മാലയ്ക്കാണെങ്കിൽ വലിയൊരു പ്രശ്നം എന്ന് അതിന്റെ സുഗന്ധം കൊണ്ട് വണ്ടും ഈച്ചകളും അതുപോലെ തന്നെ തേനീച്ചകളും മറ്റും ആ മാലയ്ക്ക് ചുറ്റും പറന്ന് ശല്യമായി തീരുത്തുന്നത് കാര്യമൊക്കെ നല്ല മാലയാണ് നല്ല മാലയും കഴുത്തിൽ കെട്ടി നടന്നു കഴിഞ്ഞാൽ ഈച്ചകളും വണ്ടുകളൊക്കെ ഉപദ്രവിച്ചപ്പോൾ ഇത് ആർക്കെങ്കിലും കൊടുക്കണം ആർക്കാ കൊടുക്കുക നോക്കുന്ന സമയത്തുണ്ട് ശക്രായ ഇന്ദ്രൻ വരുടോ കാത്തിരുന്നില്ല ഇന്ദ്രന്റെ കഴുത്തിലിട്ട് കൊടുത്തു ഇന്ദ്രനാണെങ്കിലോ തന്റെ ഉപദ്രവ തന്റെ മേലെ ഈ വന്നപ്പോൾ ഇത് വേഗം എടുത്തിട്ട് നാഗെന്റപ്രതിമുതി ഗജേന്ദ്രന്റെ മസ്തകത്തിൽ വിസ്തരിച്ചിട്ടു നോക്കണേ ആദ്യം നിർവാസാവിന് കിട്ടി പിന്നത് ഇന്ദ്രന്റെ അടുത്തെത്തി ഇന്ദ്രനെ ഗജേന്ദ്രന്റെ കഴുത്തിലിട്ട് മറ്റേ മസ്തകത്തിലിട്ടു അതിന്റെ കണ്ണിലും ഈ ചെവിയിലും ഈച്ചകളും മറ്റും ഒന്ന് കുത്തി ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോ അതിനുള്ള ബുദ്ധി അതിന് വല്ലവരുടെയും കഴുത്തിലിടണം നല്ല ആലോചിച്ചത് അതങ്ങോട് താഴെ ഇട്ടിട്ട് പറയണു പ്രതിബിതയെ ആരച്ച് ചാവട്ടികളും വിട്ടു അങ്ങോട്ട് കോപം വന്നു ദുർവാസാദ് തെറ്റു രീതത് ഗതേന്ദ്രനാണ് പക്ഷെ ശപിച്ചതാർക്കാണ് കിട്ടിയത് ചക്രംശാപം അതങ്ങനെയാണല്ലോ പൊതുവെ നിയമം അങ്ങനെയാണല്ലോ അപ്പൊ നിങ്ങൾ പട്ടിയെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ പട്ടി വേറെ എല്ലാവരും കടിച്ച പട്ടിക്കെതിരെയാണോ കേസ് കൊടുക്കുക ഇന്നേവരെ പട്ടിക്കെതിരെയാണ് കേസ് കൊടുത്തിട്ടില്ല പട്ടിയുടെ ഓണർക്കെതിരെയാണ് കേസ് ഇതുപോലെ ആനയുടെ ഓണറായിരിക്കുന്ന ഗതേന്ദ്രനെതിരെ ശാപം അത് കേസില്ലാത്തതോടെ ശാപം കൊടുത്തു എന്താണ് ദേവതാം ശദാനം കശാന്തി ഭക്തരിപ്പാൻ പറയണ ഭഗവാനെ ചിലവരൊക്കെ അങ്ങനെ അവിടുത്തെ ഭക്തന്മാരാണെങ്കിൽ ശാന്തി ഇല്ലാത്തവരാണ് ദുർവാസാവിനെ ഒന്ന് എന്താണ് ഇതാക്കിക്കൊണ്ട് പറയാണ് ദുർവാസാവ് മാഷിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കോപം വരാൻ പാടില്ല ഒരു ഭക്തനാണെങ്കിൽ ഭക്തന് പെട്ടെന്ന് ശാന്തി പോവാൻ പാടില്ല എങ്ങനെയോ ദുർവാസാവിന് എന്തായാലും ഇതൊക്കെ ഭഗവാന്റെ ഒരു പരീക്ഷണമായിരിക്കണം അങ്ങനെ കോപം വരാനും ഇന്ദ്രയും കൂട്ടറി പരീക്ഷിക്കാനായിട്ടു ഏതായാലും ഇവിടെ ശാപം കിട്ടിയത് എന്താ ശാപം ജലാവ്യാധികൾ ജലകളോ മറ്റും ബാധിച്ചുകൊണ്ട് ആള് തളർന്ന അവശനാണ് നല്ല സ്ട്രോങ് ഹോർലിക്സ് മോഡലായിരുന്ന നമ്മുടെ ഗതി അല്ല ഇന്ദ്രനും കൂട്ടരും ഒക്കെ ശാപം കിട്ടിയതോടുകൂടി സോമാലയിലെ ഭക്ഷണം കിട്ടാത്ത കുറെ അതുപോലെ അവരൊക്കെ മെലിഞ്ഞുടങ്ങി ഇതിട്ടോ ശാപേന പ്രതിജനേന്ദ്രി ്യസുരിതീഷു നിഷ്പ്രഭേഷു സർവാദയാക്കമലജമേത്യസേവാരി ഇങ്ങനെ ശാപേന നിർജരേന്ദ്രി പ്രതിജറെ എല്ലാവരും ജര വന്ന് എല്ലാവരും തളർന്ന അവസരമായി എല്ലാവരും മെലിഞ്ഞു ആ സമയത്തോ അസുരജിതേഷു അസുരന്മാർ കാത്തിരിക്കുക ഒരു അവസരം ഇവരൊന്ന് വീക്കായിട്ട് വേണം മറ്റവർക്കൊന്ന് അടിച്ചതാക്കാൻ അസുരന്മാർ വന്നു ദേവേന്ദ്രനെയും കൂട്ടരെയും പുറത്താക്കി ദേവലോകം അവരുടെ കയ്യിലായി ആ സമയത്തോ എല്ലാവരും കൂടെ ചേർന്ന് നിർമ്മാണപ്രഭവ സർവദ്യ സർവദേവ എല്ലാ ദേവന്മാരും കമലജം ഏറ്റ കമലജം എന്ന് പറഞ്ഞാൽ കമലത്തിലിരിക്കുന്നവൻ ആരാണ് കമലത്തിൽ ജനിച്ചവൻ ്രഹ്മാവ് എല്ലാവരും ബ്രഹ്മാവിന്റെ അടുത്തെത്തി ബ്രഹ്മാവ് ഈ കേസ് വളരെ സീരിയസ് ആണ് ഐ അഡ്മിറ്റ് ചെയ്ത കേസാണ് ഇതെനിക്കിവിടെ പറ്റില്ല അവർക്ക് ചെറിയ ഡിസ്പെൻസറി ഉണ്ടോ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചെന്ന് സാക്ഷാൽ ഭഗവാന്റെ അടുത്ത് പാരാണി ചെന്ന് പ്രാർത്ഥിക്കാം സമം ഭവന്തമാക്കൂ എല്ലാവരും ഭഗവാന്റെ അടുത്തെത്തി എന്നിട്ടോ ബ്രഹ്മാദേശുതാനിൻ വിധി ബ്രഹ്മാതി ദേവന്മാര് ഭഗവാനെ അങ്ങനെയൊന്നും മുട്ടി വിളിച്ചലൊന്നും വരില്ല ഹരി ഭഗവാനെ ഒന്നും പാളിമ്പെല്ലൊന്നുമില്ലല്ലോ അവിടെ അപ്പം ഭഗവാനെ വിളിക്കാനുള്ള വഴി എന്താണ് സ്തുതികൾ ചെയ്തിട്ട് ഗംഭീരമായിട്ട് അവർ സ്തുതിക്കാൻ തുടങ്ങി അപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ പറയേണ്ടത് നാംനാ ഭഗവാൻ പ്രകടമായി പ്രതകൃഷ്ണൻ പ്രകടമായി അല്ലെങ്കിൽ ഭഗവാൻ ഉപദേശിക്കുന്നത് ഹേ ദേവ ദിജിതകുലൈ സന്ധ്യം വിതായ ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനൊരു മാർഗേ ഉള്ളൂ എന്താണ് പാലാഴിയെ മഥനം ചെയ്യണം എങ്ങനെയാ ഭഗവാനെ മഥനം ചെയ്യുക ഇത് കേട്ടപ്പോഴേ ദേവന്മാർ തളർന്നു അല്ലെങ്കിൽ എഴുതിക്കാൻ വയ്യ അവരോടാണ് വലിക്കാൻ പറയുന്നത് എങ്ങനെയൊക്കെയാണ് വലിക്കേണ്ടത് ഭഗവാൻ അതൊക്കെ പറഞ്ഞുകൊടുത്തു പാലാഴി കൊണ്ടു വാസുകി കയറായിട്ട് സങ്കല്പിക്കണം എന്നിട്ട് നിങ്ങൾ വലിക്കണമെന്ന് അല്ല ഭഗവാനെ ഒറ്റയ്ക്ക് വലിച്ചാൽ വരിയോ സന്ധ്യം വിതായ എന്ത് ചെയ്യണം സന്ധി ചെയ്യണം ആരോട് ബാംഗ്ലൂരിലോടോ അല്ല അസുരന്മാരോ അസുരന്മാരോട് സന്ധി ചെയ്തിട്ട് വേണം ഈ പാലാഴിയില് വന്ദനവർമ്മത്തെ കടഞ്ഞെടുക്കാൻ അപ്പോഴോ പരിമതിതയിൽ പരീക്ഷ അപ്പം അസുരന്മാരോട് സന്ധി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനൊട്ടും പിടിക്കില്ല കാരണം ഇന്ദ്രൻ അസുരന്മാരെയൊക്കെ കണക്കാക്കിയിരിക്കുന്നത് എത്രയോ താഴ്ന്ന കൂട്ടരായിട്ടാണ് അപ്പൊ താൻ വളരെ കേമനായിട്ടുള്ള ഒരാളും താൻ താഴ്ന്ന് ഇന്ദ്രന്റെ പദവിയിൽ നിന്നൊക്കെ താഴ്ന്ന് അസുരന്മാരോട് സന്ധി ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയിരിക്കണം പണ്ടൊരു ചൊല്ലു കാര്യം നടക്കാൻ കണ്ട കാലം പിടിക്കണം എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ അങ്ങനെ വന്നതായിരിക്കാം ഇതുപോലെ ഇവിടെ അമൃതം കിട്ടണമെന്നുണ്ടെങ്കിൽ ആരുടെ കാലു പിടിക്കണം അസുരന്മാരുടെ കാലുപിടിക്കണം എന്നിട്ടോ സന്താനം കൃതവതി ദാനവേ സ്വരോഗ സന്താനം നയതി മതേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്ൻവദൻ ഗകേന്ദ്രേ സദ്യസ്ഥം വിനിഹിതവൻ പയപ്പയോ അങ്ങനെ ദേവേന്ദ്രൻ അന്നത്തെ അസുരഗുരു ആരായിരുന്നത്രേ അസുര രാജാവ് മഹാബലി എന്നൊക്കെ മഹാബലിയിലും അപ്പൊ മഹാബലിയും കൂട്ടരും ഇങ്ങനെ ഇന്ദ്രനെ കാത്തിരിക്കണ്ടപ്പോ ചിലരെ പറഞ്ഞു ഏ മഹാബലി പിടിച്ചിപ്പോ കൂട്ടിലുണ്ട് വന്നു ഇനി അവിടെ പോയി പിടിക്കുമെന്ന് വേണ്ട അപ്പൊ മഹാബലി നല്ല മനുഷ്യത്വം ഉള്ള പറഞ്ഞു ഇപ്പം പിടിക്കണ്ട എന്തെങ്കിലും കൊടുക്കുക ഭക്ഷണം ആകെ തളർന്നു പരവശനമായിട്ടുണ്ട് അപ്പോ അകത്ത് വന്നു ഇന്ദ്രനെ ഇരുത്തി എന്താ ഇന്ദ്ര പറഞ്ഞു ഞങ്ങൾക്കിങ്ങനെയൊക്കെ ശാപം ഞങ്ങളിങ്ങനെ പരീക്ഷണത്തിലാണ് പക്ഷെ ഞങ്ങൾക്ക് അമൃത് കിട്ടാൻ ഒരു വഴി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാനൊരു വിഷമം നിങ്ങൾക്ക് കൂടി വേണം തന്നിട്ട് വേണം അത് കഴിക്കാൻ പകുതി നിങ്ങൾക്കും പകുതി ഞങ്ങൾക്കും പാവ മഹാബലി ഈ പറഞ്ഞതങ്ങോട്ട് വിശ്വസിച്ചു ഇത് പറ്റിക്കലെന്നുള്ള അയാൾക്ക് മനസ്സിലായില്ല ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള കരാറുണ്ടാക്കി ഫിഫ്റ്റി നിങ്ങൾക്കും ഫിഫ്റ്റി ഞങ്ങൾക്ക് ഏതായാലും സമ്മതിച്ചു അങ്ങനെ രണ്ടു കുട്ടികൾ ചെന്നു മന്ദരപ്രടം തിളക്കാൻ നോക്കി സാധിച്ചില്ല ഭഗവാൻ തന്നെ ഗരുഡോപരി വന്നിട്ട് ഭദരമിപോത്തൻ ഗഗേന്ദ്രി ഭഗവാൻ ഗഗേന്ദ്രൻ ഗരുഡാരൂടനായിട്ട് ഭദരിപ്പഴം എന്താണ് ഒരു പഴ കൊണ്ടുപോകുന്ന ലാഘവത്തോടെ ആ മന്ദരപർവതത്തെ പാലാഴിയിൽ കൊണ്ട് നിക്ഷേപിച്ചു എന്തിട്ടോ നീ അവരോട് പറയാണ് പാലാഴി മാത്രം ചെയ്യാം ആദായം വരത്രാം വിനിഹിതീജ് ീൻ അങ്ങനെ പാലാഴി മധുരം തുടങ്ങുകയാണ് വാസുകി വാസുകിയാണ് കയറായിട്ട് വെച്ചിരിക്കുന്നത് വരത് രാമ അതും തന്നെ കൊട്ടേക്ക് കെട്ടിയിട്ട് കൊടുത്തു വിനീഹിത സർവ ബീജാലി സർവ ബീജ ബീജങ്ങളും അതിൽ നിക്ഷേപിച്ചുകൊണ്ട് ഔഷധങ്ങളും നിക്ഷേപിച്ചുകൊണ്ട് അവര് സുരാസുരീ മസലവിധു അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ തുടങ്ങി തും വ്യാജാൽ മുഖേരോ ആ സമയത്ത് ദേവന്മാർ തല പിടിച്ചു അസുരന്മാര് വാലു ദേവന്മാര് തലയും അസുരന്മാര് വാലു പിടിച്ചപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ അസുരന്മാരെ പിടി നിർത്തി അസുരന്മാരോട് ഞങ്ങൾ ഒരുക്കുകയാണ് ഭഗവാൻ ചോച്ചി എന്താ പ്രശ്നം അപ്പൊ അവര് പറഞ്ഞു ഈ ദേവന്മാർക്കൊരു വിചാരണ്ട് ഞങ്ങൾ ഈ വാല്യു പിടിക്കുന്നവരാണ് ഞങ്ങളാരെയും വാല്യു പിടിക്കുന്നവരല്ല ഞങ്ങൾക്കൊണ്ടൊരു അഭിമാനം എന്തിനു പറയുന്നു ഇത് വലിക്കണമെങ്കിൽ അവരും പിടിക്കണമെന്നോ ഇവിടെ ഭഗവാൻ ദേവന്മാരോട് തലവിട്ടുകൊണ്ട് വാല്യു പിടിക്കാൻ പറഞ്ഞു തല ആരും വിളിച്ചു ഈ പിടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ എന്തുണ്ടായി കുറച്ചു കഴിഞ്ഞവര് നോക്കുമ്പോണ്ട് പർവ്വതം കാണാൻ ഇവർ പാമ്പ് മാത്രമേ വലിയോ ഈ പർവ്വതം കിട്ടിയാൽ കൊണ്ടുവരും ആ സമയത്ത് പർവതത്തെ ഉയർത്താനായി ഭഗവാൻ പൂർമാവതാരത്തെ എടുത്തു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയണംബ്ദ്രോക്ഷിത ജലോധരേ താനി ദുബാബ്ദോ ഗുരുതര ഭാരദോ നിമഗ്നീ ദോ വിധിമേഷു തൽ പ്രിയേശീ രുദ്രാബ്ദ്രോ ക്ഷുപിതജലോതിരയിൽ ആക്ഷോഭിച്ച ജലക്ഷോഭയോടുകൂടിയ പാലാഴിയിൽ പെട്ടെന്ന് അതാ പർവ്വതം താഴോട്ട് പോയ സമയത്ത് അതിനെ എടുത്തുയർത്താൻ വേണ്ടിയിട്ട് കഠോരകൃഷ്ണം കവടതനും ഭഗവാൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടൊരു രൂപത്തെ എടുത്തു എല്ലാവരും ആശ്ചര്യത്തോട് നോക്കിയതെന്താണെന്ന് അവർക്ക് മനസ്സിലായി ഇത് ഭഗവാന്റെ കൂർമാവതാരമാണ് ആ കഠോരമായിരിക്കുന്ന തന്റെ പുറത്ത് അവലി പർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഭഗവാൻ അതിനെ പൂർവസ്ഥാനത്ത് ഉറപ്പിച്ചു ഭഗവാൻ തന്നെ വാസുകി വേണ്ട വിധത്തിൽ കെട്ടിക്കൊടുത്തു എന്നിട്ടോ വജ്രാതിസ്ഥിര കർത്തരേണ വിഷ്ണോ നിസ്താരാൽപരിഗത ലക്ഷയോജനേന അമ്പോധേകുകരഗതേന വഷ്മണാർത്ഥം നിർമ്മഗ്നം ചിരിതരനാഥമൊന്നിനേദാ രാജ്യത്തെക്കാൾ കഠിനമായിരിക്കുന്ന തന്റെ പുറത്ത് ആ വലിയ പർവതത്തെ ഭഗവാൻ വിസ്താരാൽ പരിലക്ഷയോജന ലക്ഷം യോജന വിസ്താരമുള്ള രൂപത്തിൽ ഭഗവാൻ ജീവിതത്തിലെ ആ പർവ്വതത്തെ തന്നെ പുറത്തേറ്റിക്കൊണ്ടെന്ന് ഭഗവാൻ ഉയർത്തിയെന്നാണ് ഇതിപ്പോ ഉന്മഗ്നേ ചടി തഥാതരേ ധരാതരേന്ദ്രേ നിർമ്മേതുഗ്രട നിഹസം മതേന സനവേ ആവശ്യ സർപ്പരാജേ അങ്ങനെ പർവ്വതത്തിന്റെ ചുറ്റും പാമ്പിനെ കിട്ടിക്കൊണ്ട് രണ്ടുകൂട്ടരും വലിക്കാൻ തുടങ്ങി അങ്ങനെ ദൃഢം നിർമ്മതയിഷു തഥാ അങ്ങനെ രണ്ടു വശത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന നിലയിൽ സർപ്പരാജ അഭിവൈവശ്യംബരിമശൻ ആ സർപ്പൻ പോലും സർപ്പമായിരിക്കുന്ന പാസുകി പോലും ഒന്ന് വളർന്നുപോയി അപ്പോഴാണ് അവിടെ നിന്ന് മറ്റൊരു സാധനം വരുന്നത് അതെന്താണ് ഗിരീന്ദ്രനീൻഗം ാം അഭ്രാന്തേദയ പ്രമോദാൻതാത്ത പുഷ്പവശാം അങ്ങനെ ശക്തമായ കറക്കത്തിൽ ഉദ്ഭ്രാന്ത ഭ്രമണ ജവോന്നമൽ ഗീന്ദ്രനെ സ്തേഗസ്ഥിരത ഹസ്തപങ്കജം ആ ശക്തമായ കറക്കത്തിന്റെ വേഗതയിൽ പൊങ്ങിയും താഴും പോകുന്ന മന്ദരപർവതത്തെ ഒറ്റക്കൈകൊണ്ട് ഭഗവാൻ പിടിച്ചുവച്ച് ആ ദേവന്മാരെല്ലാം ഇത് കണ്ട സമയത്ത് എല്ലാവരും കൂടെ പുഷ്പവൃഷ്ടി നടത്തി ഭഗവാന്റെ നേരിടും